അസ്മി പ്രമാണമധുന വശ്യമി ലക്ഷ്മപദേഗുണാനകർത്തനരസാസക്ത ജന തേ ശേഷതിഥിരൈവൈത പ്രവദ എം ലക്ഷ്മി ഈ ലക്ഷ്മിദേവി ഉണ്ടല്ലോ താവകരാമണീയ ഹൃദ അവിടുത്തെ മനസ്സിനാൽ ആകർഷിക്കപ്പെട്ടവളാണ് ലക്ഷ്മിദേവിയെ ആകർഷിച്ചിരിക്കുന്നത് അങ്ങാണ് പരേഷു അസ്ഥിര അതുകൊണ്ട് മറ്റുള്ളവരിൽ അസ്ഥിരയാണ് ആര് സ്ഥിരയല്ല ലക്ഷ്മിദേവി ഇതിന് അസ്വിൻ അധുനാ പ്രമാണം മറ്റൊരു പ്രമാണം കൂടി അഹം പക്ഷേ ഞാൻ പറയാം ഏത് ജനങ്ങളാണോ ധ്യാനഗുണാനുകീർത്തനരസാസക്ത അവിടുത്തെ ധ്യാനത്തിലും കീർത്തനത്തിലും ആസക്തരായിട്ടിരിക്കുന്നത് പ്രസ്താവരാ സ്ഥിര ഏതൊരാളുടെ മനസ്സാണോ ഭഗവാനിൽ സ്ഥിരമായി വസിക്കാൻ വേണ്ടി തിരിയുന്നത് അവരുടെ കൂടെ ആരും വസിക്കണോ ലക്ഷ്മി ദേവിയും വസിക്കണം അതായത് ടു വൺ വരെയാണ് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്താണ് ഭഗവാനെ പിടിക്കുന്നവർക്ക് ഭഗവാനെയും കിട്ടും ലക്ഷ്മിയെ പിടിക്കുന്നവർക്ക് ഭഗവാൻ നഷ്ടപ്പെടുന്നു മാത്രല്ല ഇവളെത്ര കാലം നിൽക്കുന്നതേ ഇല്ല വിശ്വസിക്കാൻ പറ്റില്ല ആരെയും വിശ്വസിക്കാൻ പറ്റില്ല ലക്ഷ്മിയെ വിശ്വസിക്കാൻ പറ്റില്ല കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീട്ടുജോലി കൊടുക്കാം ഭാര്യയിൽ കൊണ്ടു നടക്കാം നേരെ കുറച്ച് ജോലിക്കാണ് ഒരു സ്ത്രീയെ കൊണ്ടുവച്ചതെങ്കിൽ ഇവളെത്ര കാലം നിൽക്കുന്ന പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സിൻസിയർ ഡിവോട്ടിയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ആര് നോക്കും ഭഗവാൻ നിങ്ങൾക്ക് അല്പമെങ്കിലും വറിയുണ്ടെങ്കിൽ നിങ്ങൾ സിൻസിയർ ഡിവോട്ടി അല്ല തർത്ഥം മനസ്സിലായി എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് അംബ്രാണാം സന്നിതത്തെ നമ്മൾ എന്ത് ചെയ്താൽ നമ്മളെ തന്നെ ഭഗവാന് വേറെ ഒന്നും ചോദിക്കേണ്ട അനഭ്യർത്ഥിതാനഭികാമാനചസരം ചോദിക്കാതെ തന്നെ എല്ലാ കാമങ്ങളെയും തരാൻ ആർക്ക് സാധിക്കും ഭഗവാന് സാധിക്കും അപ്പൊ ഇപ്രകാരം ചോദിക്കാതെ തന്നെ സകല കാര്യങ്ങൾ തരാൻ ഭഗവാന് സാധിക്കുമെങ്കിൽ നമ്മളൊന്ന് ചോദിക്കേണ്ടതില്ല അതുകൊണ്ട് ലക്ഷ്മി ദേവി ആ ലക്ഷ്മി ദേവിയുടെ നടക്കുന്ന ആളുകളുടെ കൂടെ ഒരിക്കലും പോകാൻ ഇഷ്ടപ്പെടുന്നില്ല ആര് ഭഗവാനിലേക്ക് തിരിയുന്നു അവരുടെ ആരും പോകുന്നു ലക്ഷ്മി ദേവി എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ൂതമനോജ്ഞാന വസുതാശ്യന്തസന്തോഹന ത്ൂപം പരചിദ്രസായമയം ചേതോഹരം ശൃണവത സദ്യ പ്രേരയേ മതി മതയത്തെ റോമാഞ്ചയത്യംഗകം വ്യാസിത്യീത ബാഷ്പവിസരൈ ആനന്ദമൂർച്ചോദ്വൈ ൂതമനോജ്ഞാന വസു നിശ്ചന്ദസന്തോഹനം ഇപ്രകാരം അതിമനോഹരമായിരിക്കുന്ന അങ്ങയുടെ രൂപത്തെ സംബന്ധിച്ചുള്ള കഥകളൊക്കെ കേൾക്കുന്ന സമയത്ത് ചേതോഹരം ചേതസ്സിനെ അപഹരിക്കുന്ന വിധത്തിൽ ആ കഥകളൊക്കെ കേൾക്കുന്ന സമയത്ത് അങ്ങയുടെ രൂപത്തെ കാണുമ്പോൾ ഒരു ആകർഷണം വരുന്നു കഥ കേൾക്കുമ്പോൾ മനസ്സതിലേക്ക് ആകർഷിക്കുന്നു അങ്ങയുടെ കീർത്തനാദികൾ പാടുമ്പോൾ മനസ്സതിലേക്ക് ലയിക്കുന്നു ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളറിയാതൊരു ശുദ്ധീകരണം സംഭവിക്കുന്നു ചെവിയിലൂടെയും കണ്ണിലൂടെയും മനസ്സിലൂടെയും എല്ലാം നമ്മൾ നാമം ജപിക്കുമ്പോഴൊക്കെ നമ്മളറിയാത്തൊരു ശുദ്ധീകരണം നമ്മൾ സംഭവിക്കുന്നു ക്രമേണ സത്യപ്രേരയതേ മതി നമ്മുടെ മനസ്സ് ക്രമേണ ക്രമേണ ആരിലേക്ക് ഭഗവാനിലേക്ക് അടുത്ത് ആനന്ദമൂർച്ഛോദ്ഭവ മനസ്സ് ഭഗവാന്റെ നാമം കേൾക്കുമ്പോഴേക്കും ആനന്ദമൂർച്ച അനുഭവിക്കുന്നവരെയാണ് അതായത് നമ്മളെ മനസ്സ് പോസിറ്റീവായി ചിന്തിക്കും തോറും ക്രമേണ ക്രമേണ എന്ത് കേട്ടാലും മനസ്സ് അതിലൊക്കെ ഈശ്വരന്റെ ഒരു കാരുണ്യവും അനുഗ്രഹവും കാണാൻ തുടങ്ങും ഒരു സ്റ്റേജ് പിന്നെ നമുക്ക് എന്ത് കേട്ടാലും തോന്നും ഇത് ഈശ്വരൻ എന്നെ ഇങ്ങനെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നമുക്ക് മണിച്ചൊന്നും തോന്നില്ല എന്ത് വിഷമം വന്നാലും നമ്മൾ പറയാ ഈശ്വരന്റെ അനുഗ്രഹമാണ് അനുഗ്രഹമാണ് അനുഗ്രഹമാണ് നമുക്ക് കൂടുതൽ ഈശ്വരനോട് എടുക്കാൻ അതിലൂടെ സാധിക്കുന്നവരെയാണ് ഈശ്വരനോട് അടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാണ് ആ മനസ്സെടുക്കണമെങ്കിൽ ആ കേൾക്കണം കാണണം പഠിക്കണം പലരും വിചാരിച്ചിരിക്കുന്നത് വെറുതെ തൊഴുതുപോയാൽ അടുക്കാൻ സാധ്യമല്ലത് അവിടെ നമ്മൾ കേൾക്കണം അതുകൊണ്ടാണ് ഈ കേൾവിക്ക് പ്രാധാന്യം കൊടുത്തിരിക്കണം കേട്ടത് മാത്രം കാര്യമില്ല കീർത്തിക്കണം ശ്രവണം കീർത്തനം ധ്യാനം ഹരേരത്ഭുതകർമ്മ കുറെ കേൾക്കണം അത് കഴിഞ്ഞ് കീർത്തിക്കണം നമ്മളീ നാരായണിയൊക്കെ വായിക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംസ്കൃത ശ്ലോകങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ ഒരു പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ അറിയുന്നില്ല മാത്രം നമ്മൾ ഈ വാഷിംഗ് മെഷീനിലെ ഡ്രസ്സ് ഇടുന്ന പോലെ വാഷിംഗ് മെഷീനിലെ ഡ്രസ്സ് എടുമ്പോ അവിടെ കഴുകുന്ന നിങ്ങൾ കാണുന്നുണ്ടോ അതിങ്ങനെ കറങ്ങുന്നുണ്ട് അതുപോലെ നമ്മുടെ ഉള്ളിൽ ഈ മന്ത്രങ്ങളെല്ലാം ഇരുന്ന് കറങ്ങുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് നമ്മൾ അറിയുന്നില്ല നമ്മളെ അറിയാതെ തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക പൂർവ്വജന്മങ്ങളുടെ പാപസ്മരണകളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക ഒരാള് മണല് കൊണ്ടുപോവാണ് തലയിൽ തലയിൽ മണല് കൊണ്ടുപോവാണ് അപ്പൊ മണല് കൊണ്ടുപോകുന്ന ചാക്കിന് പുറകിലൊരു ഓട്ട വന്നു അതിൽ പോകുന്നതിനനുസരിച്ച് ചുമടിന്റെ ഭാരം കൂടിയല്ല ചെയ്യുന്നത് കാരണം മണലെല്ലാം പുറത്തേക്ക് ഒഴുകിപ്പോകും ഇതുപോലെ നമ്മൾ മുന്നോട്ടു പോകും നാം ചെയ്തിരിക്കുന്ന പാവങ്ങളുടെ സഞ്ചാര സഞ്ചയം അതെല്ലാം ഇങ്ങനെ പുറത്തേക്ക് പിടിക്കും നമ്മൾ കാണില്ലേ ഇന്ന് പോകുന്നത് ഒരു ശുദ്ധീകരണം നടക്കുന്നത് അപ്പൊ നമ്മള് നമുക്കറിയാം അത് ഇപ്പൊ നിങ്ങൾ ഗ്രൈൻഡറിൽ വല്ലതൊട്ട് അടിച്ചു എന്ന് ചോദിക്കാൻ അരിമാവ് ഉണ്ടാക്കി ഗ്രൈൻഡറിൽ ഇട്ടിട്ട് അതെല്ലാം ആ ഗ്രൈൻഡറിലൊട്ടി പിടിക്കും പിന്നെ നിങ്ങൾ നല്ല വെള്ളമൊഴിച്ച് അതെല്ലാം എടുത്ത് നല്ല വെള്ളമൊഴിച്ച് അതെല്ലാം എടുത്ത് വീണ്ടും നല്ല വെള്ളമൊഴിച്ച് അതെടുത്ത് നല്ല വെള്ളം ഒഴിക്കും തോറും പഴയ വെള്ളം അതിൽ നിന്നെടുക്കാൻ പറ്റും കുറേ കഴിഞ്ഞാൽ എന്ത് മാത്രമായി തീരൂ നല്ല വെള്ളം അയക്കൂ ഇതുപോലെ നാരായണീയമാകുന്ന നല്ല വെള്ളം ഒഴിക്കും തോറും നമ്മുടെ മനസ്സാകുന്ന ഗ്രൈൻഡറിലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പഴയ മാവുകളൊക്കെ കൂടുതൽ ഇങ്ങനെ വിട്ടു വിട്ടുപോകും അല്ലേ നിങ്ങളൊരു മാസം നാട്ടിൽ പോയി നിന്നാൽ പൈപ്പ് തുറക്കുമ്പോ അതിൽ നിന്ന് ചളിവെള്ളം വരും ഹലോ അയ്യോ കുളിക്കാട്ടിരിക്കോ നിങ്ങൾ നിങ്ങൾക്കറിയാം കുറച്ചു നേരം തുറന്നിട്ട് കഴിഞ്ഞാൽ ആ ചളിവെള്ളം മുഴുവൻ പോകും കാരണം ഗവൺമെന്റ് തന്നതാണ് കളഞ്ഞേ പറ്റുള്ളൂ മുനിസിപ്പാലിറ്റി വെള്ളം അങ്ങനെയാണ് കുറച്ചു ദിവസം കൃഷി നിർത്തിയാൽ അതെന്ന് ചളിവെള്ളം വരും കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചളിയെല്ലാം പോയി അല്ലേ ഇപ്പൊ നല്ല വെള്ളം അതിന്റെ പുറകിലുണ്ട് നല്ല വെള്ളം ഒഴിക്കുന്നതോറും ചളിവെള്ളം എങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇതുപോലെ നാരായണീയമാകുന്ന നല്ല വെള്ളം ഒഴിക്കുന്തോറും ഉള്ളിലെ ചളിവെള്ളമെല്ലാം സത്യപ്രേരയതേ മതി മതയതേ രോമാഞ്ചയത്യങ്കം ആനന്ദോഭവ കുറെ കഴിഞ്ഞാൽ കൃഷ്ണാ ഗുരുവായൂരപ്പാദ് കേൾക്കുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സുവരെയും എന്റെ ആത്മാവിനെയാണ് വിളിക്കുന്നത് ഇപ്പോ നമ്മളെ കൃഷ്ണാ ഗുരുവായൂരപ്പാദ് വിളിച്ചാൽ നമുക്ക് നമ്മളെയാണ് ഇത് തോന്നുന്നില്ല നേരെ നമ്മുടെ പുറകിൽ നിന്ന് ഈ കഴുകിയും കണ്ടാൽ പോകണമെന്ന് ചോദിച്ചു നമുക്ക് നല്ല ഉറപ്പുണ്ട് സൂചിപ്പിച്ചത് ആരെ എന്നെ തന്നെയാണ് ഒരു കഴുതാം വിളി കേൾക്കുന്ന സമയത്ത് എന്നെയാണ് എന്ന് നമ്മൾ ഉറപ്പിക്കുന്നത് പോലെ ഇനി കൃഷ്ണാ പറയുമ്പോൾ നമുക്ക് തോന്നണം ഈ വിളിച്ചിരിക്കുന്നത് ആരെയാണ് എന്നെയാണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗുരുവായൂരപ്പെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവാണെന്നുള്ള ബോധം ഉറക്കി എന്നിട്ടോ ഏവം ഭൂതദയാഹിഭക്ത്യവിഹിതോ യോഗസ്ഥയോഗയാൽ കർമ്മജ്ഞാനമയാൽ പ്രചോത്സമതരോ യോഗേശ്വര ഗീയത സൗന്ദര്യേകരസാത്മകേ ഖലു പ്രേമ പ്രകർഷാത്മക ഭക്തിർശ്രമമേവ വിശ്വപുരുഷ ലമാവല്ല ൂതയാഹി ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് അതായത് ഭക്തിയുടെ ഒരു മഹിമ കൊണ്ട് ഭഗവാനിലേക്കുള്ള ആകർഷണം കഥകളിലൂടെയും നാമങ്ങളിലൂടെയും പൂജാരികളിലൂടെയും എളുപ്പം നമുക്ക് സാധിക്കുന്നതുകൊണ്ട് എളുപ്പം ഭക്തി ഉണ്ടാകുന്നതുകൊണ്ട് ഭക്തി അഭിഹിത ഭക്തി എന്ന് പറയുന്ന യോഗം കർമ്മജ്ഞാനമയാൽ യോഗദ്വയാൽ പുരുഷോത്തമതരം കർമ്മയോഗത്തേക്കാൾ ജ്ഞാനയോഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് അതായത് കർമ്മയോഗത്തിലൂടെ ആളുകൾ ഏത് തലത്തിലേക്ക് എത്തുമോ ജ്ഞാനയോഗത്തിലൂടെ ഏത് തലത്തിലേക്ക് ആളുകൾ എത്താൻ ശ്രമിക്കുന്നതോ അത് എളുപ്പം സാധിക്കും ഭക്തിയോഗത്തിലൂടെ കാരണം ഭക്തിക്ക് നാല് പ്രത്യേകതയുണ്ട് കണ്ണുകൊണ്ട് കാണുമ്പോൾ ആകർഷണം വരുത്താം അതിനാണ് നമ്മൾ ഭഗവാനെ അലങ്കരിക്കുന്നത് കഥകളിലൂടെ നമുക്ക് ചെവികളിലൂടെ ആകർഷണം കൊണ്ടുവരാം അതുപോലെ നമുക്ക് പൂജകളിലൂടെ ആകർഷണം വരുത്താം പിന്നീട് നമുക്ക് നാമസങ്കീർത്തനത്തിലൂടെ ആകർഷണം വരുത്താം അപ്പൊ നാമസങ്കീർത്തനം പൂജകൾ കാഴ്ച അതുപോലെ ശ്രവണം ഇതിലൂടെയൊക്കെ നമ്മളെ മനസ്സിനെ എങ്ങോട്ടടുപ്പിക്കാം ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ എളുപ്പം സാധിക്കുന്നതുകൊണ്ട് മറ്റുള്ള വഴികളേക്കാൾ എളുപ്പമായൊരു മാർഗമാണ് ഇത് ഭക്തിയോഗം എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു കാരണം സൌന്ദര്യീകര സാത്മകിയെ തൊയ്കൾ ഭഗവാന്റെ എളുപ്പം നമ്മളെ മനസ്സിനെ ആകർഷിക്കണം മറ്റേ നമ്മൾ അത്ര വേഗം ആകർഷിച്ചൊന്നുമില്ല അതുകൊണ്ട് ഭഗവാനെ എളുപ്പം ഭക്തി നിശ്രമമേവ വിശ്വപുരുഷെ ലഭ്യാരമാവല്ല ഭക്തിയിലൂടെ എളുപ്പം മനസ്സിനെ കൈവരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഇനി അടുത്തത് പറയുന്നു നിഷ്കാമം നിയതസ്വധർമ്മർമ്മയോഗാവിധം തദ്ൂരക്തം യോത്യം തദ്വ്യക്തതയാ സുദുർഗമതരം ചിത്ത തസ്മാൽ വിഭോ ത്വൽപ്രേമാത്മകഭക്തിരേവസം സ്വാദീയസൈ ശ്രേയസീ ത് കർമ്മയോഗവും രണ്ടാമത്തത് ജാനയോഗം കർമ്മയോഗം എന്ന് പറയുന്നത് കർമ്മഫലത്തെ പ്രതീക്ഷ വയ്ക്കാതെ ചെയ്യുന്ന കർമ്മത്തെയാണ് കർമ്മയോഗം അതിലൂടെ മനഃശുദ്ധി ഉണ്ടാവുക പക്ഷെ എന്തെല്ലാം പറഞ്ഞാലും നമുക്കെല്ലാം ചെയ്യുന്നതിലൊരു എന്തുണ്ടാവും എക്സ്പെക്ടേഷൻ ഇപ്പൊ ഞാൻ നിങ്ങളോട് പ്രഭാഷണം ചെയ്യുന്ന തന്നെ എനിക്ക് എക്സ്പെക്ടേഷൻ ഉണ്ട് നല്ല രീതിയിലത് നിങ്ങളിൽ എത്തിക്കണം എന്ത് ചെയ്യുമ്പോഴും നമുക്കൊരു പെർഫെക്ഷൻ ആവണം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായേ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് തോന്നും ആത്മാർത്ഥത അല്ലേ അപ്പോ കർമ്മയോഗത്തിലൂടെ മനസ്സ് ഒരു യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ ഉയരുക ഇറ്റ് വിൽ ടേക്ക് ലോങ് ടൈം ഇതുപോലെ അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് ബ്രഹ്മമാണ് എന്ന് പറഞ്ഞ് ഉറപ്പിക്കാൻ അത് കുറേയധികം സമയമെടുക്കും എന്നാൽ എളുപ്പമായിട്ട് തദ്ദൂരേന്റെ ഫലം അത് വളരെ ദൂരെയാണ് അതിന്റെ രണ്ടിന്റെയും ഫലം ഏതിന്റെ രണ്ടിന്റെയും കർമ്മയോഗത്തിന്റെയും ജ്ഞാനയോഗത്തിന്റെയും എന്നാൽ തത്വവ്യക്തതയാസുൾ മറ്റതിന്റെ പ്രശ്നം തത്വവ്യക്തത തത്വം അവ്യക്തമാണ് വളരെ വിഷമമാണ് തത്വത്തെ ഗ്രഹിക്കാൻ ജ്ഞാനയോഗികൾക്ക് ബ്രഹ്മാസ്മി എന്നുള്ള തത്വം എന്നാൽ ഇതാണെങ്കിലോ പ്രേമാത്മകഭക്തിരേ വസതം സ്വാധീയ സീ ശ്രേയസി കണ്ണടച്ചുകൊണ്ട് ഭഗവാന്റെ ഒരു കീർത്തനം ചൊല്ലുന്ന സമയത്ത് എല്ലാ ചിന്തകളും വിട്ട് അതിൽ തന്നെ മനസ്സിനെ ഏകീകവിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ എളുപ്പം നമുക്ക് ആരിലേക്ക് ഭഗവാനിലേക്ക് എത്താം പ്രേമമാണ് ഭക്തിയുടെ മഹത്വം പ്രേമത്തിന് വേഗം ആകർഷിക്കാനുള്ളൊരു കഴിവുണ്ട് മറ്റെല്ലാം സാവകാശമെടുക്കുമെങ്കിൽ ഇത് വേഗത്തിൽ നമുക്ക് ഫലം തരും അതുകൊണ്ട് കലിയുഗത്തിൽ എളുപ്പമായൊരു മാർഗം ഏത് ഭക്തി തന്നെയാണ് പറയാം മറ്റത് മോശമായിട്ടല്ല ഒന്നിനും താഴ്ത്തിക്കെട്ടുന്നില്ല അടുത്തതിനുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു കർമ്മയോഗിക്കും ഒരു ജ്ഞാനയോഗിക്കും കുറേയധികം കാലതാമസമെടുക്കും എന്നാൽ ഭക്തിയിലൂടെ നമുക്ക് എളുപ്പം സാധിക്കും എന്നിട്ടോ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു അത്യാസകരാണി കർമ്മപടലാനി ആചാര്യനിര്യൻ തവബു ബ്രഹ്മാക്കിയേ പുറ ചിത്രാത്തമദേ വിചിന്യ ബഹുവി സിദ്ധ്യന് ജന്മാരൈ കാരണം അത്യാസകരാണി കർമ്മപടലാനി തന്റെ മനസ്സിനെ എല്ലാവിധത്തിലുമുള്ള എക്സ്പെക്ടേഷനിൽ നിന്ന് മാറ്റിക്കൊണ്ട് കർമ്മയോഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ വളരെ വളരെ പ്രയാസകരമാണ് അത്യാസകരാണി കർമ്മപടലാനി എന്നിട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണം മനസ്സിന്റെ ശുദ്ധി നേടിയിട്ട് വേണം ജ്ഞാനമാർഗത്തിലേക്ക് വീണ്ടുപോവാൻ ഒരു കർമ്മയോഗി പിന്നീട് ജ്ഞാനമാർഗത്തിലൂടെ പോകണം അപ്പോഴേക്ക് സമയം കുറെ അതുപോലെ തന്നെയാണ് മറ്റേളെ സംബന്ധിച്ച് തർക്കവതേക്ലിഷ്ട എങ്ങനെയാണ് ഞാൻ ബ്രഹ്മമാവുക എന്നുള്ളത് യുക്തിനിഷ്ഠമായി മനസ്സിലാക്കി തർക്കത്തിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് യുക്തിയിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് ഉറപ്പിക്കുമ്പോഴേക്കും കാലം കുറെ എടുത്തു വരും എന്നാൽ ഈ ഭക്തിയാണെങ്കിലോ എളുപ്പം മനുഷ്യ മനസ്സിനെ ഉയർത്താൻ വളരെയധികം പ്രാപ്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മാക്യംബര വകു വിചിന്ത്യബകുവി എൻ അവർക്കെല്ലാം വളരെ വളരെ ജന്മങ്ങൾ എടുക്കേണ്ടതുണ്ട് എന്നാൽ ഭക്തരെ സംബന്ധിച്ച് എളുപ്പം തന്നെ മനസ്സിനെ ഭഗവാനിലേക്ക് എത്തിക്കാൻ സാധിക്കും അവസാനം മറ്റൊരിപ്പാട് പറയോ തൊൽഭക്തിസ്തു കഥാരസാമൃതകരീ നന്മജ്ജന സ്വയം സിദ്ധ്യന്ത വിമല പ്രബോധ പദവീൻ അക്ലേശതസ്വന്വീ സദ്യസിദ്ധിഗരീ ജയത്യ വിഭോ സൈവാസ്വമേതൊൽപദ പ്രേമ പ്രൗഢിരസാദ്രദാതരം വാതയാതീശരാ ൽ ഭക്തി സ്തു എന്നാൽ അങ്ങേയുള്ള ഭക്തിയാണെങ്കിലോ കഥാരസാമൃതചരീ നിമജ്ജനേണം ആ കഥ കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സതിലേക്ക് നിമജ്ജനം ലയിക്കുന്നു പറയുക ആ ഒരു ആകർഷണം നമുക്ക് ആരോടുണ്ടാവുന്നോ തീർച്ചയായിട്ടും ആ ആകർഷണം ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ഗുരുവായൂരപ്പന്റെ സീരിയലിന്റെ മുന്നിൽ ഇരിക്കുന്നത് ആ സീരിയല് കാണുമ്പോ തന്നെ നമ്മൾ മറ്റെല്ലാ ചിന്തകളും വിട്ടുപോകുന്നു നിങ്ങൾ ഗുരുവായൂരപ്പനിലേക്ക് തിരിയുന്നു ഇടയ്ക്ക് നമുക്ക് അഡ്വർട്ടൈസ്മെന്റ് വരുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നത് അപ്പോഴേക്കും നമ്മൾ ഗുരുവായൂരപ്പനെ വിട്ട് വേറെ ഏതെങ്കിലും സീരിയലിലേക്ക് കിടക്കും അതുമല്ല ഗുരുവായൂരപ്പന്റെ സീരിയൽ നോക്കൂ നിങ്ങൾ എത്രമാത്രം ആകർഷണം നമുക്കതിലേക്ക് വരണോ എന്നുള്ളത് അല്ലേ അപ്പോ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സും കൂടുതലൊരു ആകർഷണം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും സിദ്ധ്യന്തി വിമല പ്രബോധപതീം ഈ കഥകൾ കേട്ട് കേട്ട് കേട്ട് ക്രമേണ നമുക്ക് ഗുരുവായൂരപ്പനെ അടുത്തറിയാൻ വേണ്ടി ഇതെല്ലാം മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഒരു താൽപ്പര്യം വരുന്നു അങ്ങനെ ക്രമേണ സത്യസിദ്ധികരീജയോ ഇപ്രകാരം നമ്മുടെ മനസ്സ് ആരുടെ കൂടെ എത്തിക്കാൻ സാധിക്കും ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാൻ സാധിക്കും ഈ പ്രേമത്തിലൂടെ ഭഗവാനിലുള്ള പ്രേമത്തിലൂടെ തന്നെ എളുപ്പം നമ്മുടെ മനസ്സും ഭഗവാനെയും കുറച്ചു നേരത്തേക്ക് ഒന്നിപ്പിച്ചു നമുക്ക് സാധിക്കും അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് ഏത് മറ്റുള്ള മാർഗത്തിനേക്കാൾ ഭഗവാനിലേക്ക് മനസ്സിനെ ഉയർത്താൻ എളുപ്പമായൊരു മാർഗമാണ് ഭക്തി ഭക്തിയുടെ മാഹാത്മ്യം പറയേണ്ടത് ഇനി അടുത്ത ദശകം മുതൽ ആരാണ് യഥാർത്ഥ ഭക്തൻ എന്ന് നമുക്ക് പെട്ടതിരിപ്പാട് കാണിച്ചു തരുകയാണ് പടന്തോ നാമാനി പ്രമതപരസിന്തോ നിവദിത സ്മരന്തോപന്തേ വരദകഥയന്തോ ഗുണകഥാ ചരന്തോയേ ഭക്തൊ ഖലുരമന്ദേ പരമമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാലിതാ അഹം ധന്യാൻമന് അവരാണ് ധന്യാത്മാക്കൾ അവര് സർവാഭിലിതാൻ സമധികതം എല്ലാ അഭിലാഷങ്ങളും നിറവേറ്റിയവരാണ് ആരാണ് ധന്യാത്മാക്കള് ആരെയാണ് നമ്മൾ പൊതുവെ ധന്യാത്മാക്കൾ എന്ന് പറയാ റിട്ടയർമെന്റ് കഴിഞ്ഞു രണ്ട് മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തു രണ്ടുപേരും വേറെ വേറെ വീട് വെച്ചു രണ്ടുപേരുടെയും മക്കളെ ഭാര്യ പ്രസവിച്ചു രണ്ടുപേർക്ക് ഈ രണ്ട് കുട്ടികളൊക്കെ ഇതായി നിങ്ങളെന്താ അവരെ വിളിക്കുക ഒന്നും വിളിക്കില്ല കഷ്ടെട്ടോ ഇതിനെ കഷ്ടപ്പെട്ടെന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇങ്ങനെയൊക്കെ അയാൾ ഒരാളെ നിറവേറ്റിക്കഴിഞ്ഞാൽ പൊതുവെ നമ്മളെന്ത് വിളിക്കുക ഓ ഭാഗ്യം എല്ലാം കഴിഞ്ഞു പക്ഷെ അയാളോട് ചോദിക്കുമ്പോഴേ അറിയില്ല അയാളുടെ ഭാഗ്യത്തെക്കുറിച്ച് കാരണം അയാൾ പറയും ഞാൻ മക്കളെയൊക്കെ അവർ വഴിക്കാക്കി ഇപ്പൊ മക്കളെല്ലാവരും കൂടി ചേർന്ന് എന്നെ ഒരു വഴിക്കാക്കാൻ നോക്കുകയാണ് എനിക്ക് സമാധാനമില്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ ഫോൺ ചെയ്ത് അമ്മ ഇവിടെ വരും ഒരാൾ ഇങ്ങോട്ട് വരൂ അങ്ങോട്ട് വരൂ രണ്ടുപേരുടെ അടുത്തേക്ക് പോകണം പിന്നെ അവരുടെ കുട്ടികളെ നോക്കണം എനിക്കിപ്പോ എന്റെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലേ നോക്കൂ നിങ്ങൾ അപ്പം ഇവിടെ ആരെയാണ് ധന്യെന്ന് വിളിക്കുന്നത് പട്ടതിരിപ്പാട് പട്ടതിരിപ്പാട് ധന്യെന്ന് വിളിക്കുന്നത് ആരെയാണ് മൂന്നു നേരം ഭക്ഷണം കഴിച്ച് കൂർക്കം വലിച്ചുറങ്ങുന്ന ആൾക്കാരെയല്ല സീരിയലും കണ്ടുറങ്ങുന്ന ആളുകളെയല്ല പിന്നെ ആരെയാണ് പടന്തോ നാമാനി പ്രമദരസി ഭഗവാന്റെ നാമങ്ങൾ പഠിക്കാൻ സാധിക്കുക അതായത് നാരായണിയൊക്കെ പഠിക്കുന്ന ആൾക്കാർ പഠിക്കുക വെറുതെ ചൊല്ലുന്ന ആൾക്കാരെയല്ല പറഞ്ഞത് നാമങ്ങളെ പഠിക്കുന്ന ആൾ പിന്നീടോ രൂപം സ്മരന്ത ഭഗവാന്റെ രൂപത്തെ സ്മരിക്കാൻ സാധിക്കുന്നവർ അതായത് കുറച്ചു നേരം ആർക്ക് സമയം ചെലവഴിക്കാൻ ഭഗവാൻ വേണ്ടി സമയം ചെലവഴിക്കാൻ ഗുണകഥാകഥയന്ത സത്സംഗങ്ങൾ കേൾക്കാൻ സമയമുള്ളവര് പരന്തം പ്രമതപരസിപതി മനസ് ഭഗവാനിലേക്ക് കുറച്ചുനേരം കൊണ്ടുവന്ന് ആ ഭഗവത് സ്മരണത്തിലേക്ക് ആമത്തിലൂടെയും രൂപത്തിലൂടെയും കീർത്തനാദികളിലൂടെയും അല്പനേരം സർവലോകത്തെയും മറന്ന് ജീവിതത്തിന്റെ സർവ ചിന്തകളും മറന്ന് ഭഗവത് ചിന്തയിലേക്ക് സാധിക്കുന്ന ആളുകളുണ്ടല്ലോ അങ്ങനെ ലഭിക്കാൻ സാധിക്കുന്ന ആളുകൾ അഹം ഞാൻ അവരെയാണ് എന്ത് വിളിക്കുന്നത് ധന്യന്മാര് മനസ്സിലായില്ലേ രാവിലെ ഭക്ഷണവും കഴിച്ച് ഉച്ചയ്ക്ക് ചാപ്പാടും കഴിച്ച് വൈകുന്നേരം സീരിയലും കണ്ട് അങ്ങനെ കിടന്നുറങ്ങുന്ന ആളുകളെയല്ല എന്ത് വിളിച്ചിരിക്കുന്നത് ധന്യാത്മാക്കൾ അപ്പൊ ധന്യാത്മാക്കളായി തീരണമെങ്കിൽ എന്തുവേണം ഭഗവാന്റെ നാമം ചൊല്ലാനും ഭഗവാനെ മനസ്സിൽ കണ്ട് ധ്യാനിക്കാനും സത്സംഗങ്ങൾക്ക് പോകാനും ഇതിനൊക്കെ സമയമുള്ള ആളുകളാണ് ധന്യാത്മാക്കളായി ആര് കരുതുന്നത് പട്ടുതിരിപ്പാട് കണക്കാക്കിയിരിക്കുന്നത് അപ്പൊ നിങ്ങളൊക്കെ ആരാണ് ധന്യാത്മാക്കള അല്ലെങ്കിൽ നിങ്ങളിവിടെ വരില്ലല്ലോ അപ്പൊ അങ്ങനെ നമ്മളൊക്കെ ധന്യാത്മാക്കളായതുകൊണ്ടാണ് ഇവിടെ വരാൻ സാധിക്കുന്നത് അല്ലാത്തവർക്ക് ഇവിടെ വരാൻ പറ്റില്ല ചില ആളുകൾ നോക്കൂ നിങ്ങൾ നാട്ടിൽ തന്നെ നോക്കിയാൽ കാണാം ചില പുണ്യാത്മാക്കളുണ്ട് ഒരു പന്ത്രണ്ട് മണിക്ക് സപ്താഹത്തിന് പോലുള്ളൂ ഒരു മണിയാകുമ്പോൾ അവർ സപ്താഹലത്ത് പോവുകയും ചെയ്യും കാരണം അവരെ സംബന്ധിച്ച് സപ്താഹം എന്ന് പറയുന്നത് അഹം ധന്യാൻമന്യെ വയറ് നടന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവര് ഉത്തർപ്രദേശ് നടക്കില്ല മധ്യപ്രദേശ് നിറയ്ക്കും കാരണം ഉത്തർപ്രദേശ് അവരെ സംബന്ധിച്ച് ഖാലിസ്ഥാനാണ് ഹിന്ദുസ്ഥാനല്ലെന്ന് പറയാണ് അപ്പൊ നമ്മൾ ജനിച്ചത് ഹിന്ദുസ്ഥാനിലാണെങ്കിലും പലരുടെയും നില ഖാലിസ്ഥാനാണ് അത് നിറയ്ക്കാൻ അവര് പോവില്ല അവരേത് നിറയ്ക്കാൻ പോവും മധ്യപ്രദേശ് ഇന്ത്യയിലാണെങ്കിലും മധ്യപ്രദേശ് വിശാലമായ സ്റ്റേറ്റുമാണ് ഏറ്റവും വലിയൊരു സ്റ്റേറ്റാണ് മധ്യപ്രദേശ് െ അതിൽ മാത്രം സർവെച്ച് ജീവിക്കുന്ന ആളുകളില്ല ധന്യന്മാരെന്ന് പറയിച്ചത് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാനും കീർത്തനാദികൾ സ്മരിക്കാനും അതിനൊക്കെ സമയമുള്ള ആളുകൾ ആരാണ് ധന്യാത്മാക്കള അങ്ങനെയുള്ളൊരു ധന്യാത്മാവായി തീരണം പക്ഷെ ഭഗവാനെ വട്ടതൊരുപാട് കഷ്ടം പറയുക സ്വാതരൂകം ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ഇരിക്കാൻ പറ്റുന്നതിന്റെ കാര്യം ധന്യാത്മാവാവണം എന്നൊക്കെ മോഹംണ്ട് പക്ഷെ ചുറ്റുപാട് സമ്മതിക്കട്ടെ സൽസംഗത്തിന് പോകണം മോഹണ്ട് സൽസംഗത്തിന് പോകാൻ നേരത്താവും പേരെക്കുട്ടി പറയാ അമ്മമ്മ എങ്ങോട്ടും പോവേണ്ട മുത്തച്ഛൻ ഇങ്ങോട്ടും പോവണ്ടെന്ന് കഴിഞ്ഞു അതായത് എന്തിനെങ്കിലും പോകണം എന്നൊക്കെ മോഹൻ എങ്കിലും ചില ചുറ്റുപാടുകൾ പോവാൻ സമ്മതിക്കില്ലേ പറയണു ഗതക്ലിഷ്ടം കഷ്ടം തവതരസേവാരസവരേബി അനാസക്തം ചിത്തം വിഷ്ണോ കുരുദയാം ഭവൽപാദാം ബോജ സ്മരണരസികോ നാമ നിവഹാൻ അഹം ഗായം ഗായം ഉഗജല വിവർ ഖലക്ലിഷ്ടം ഹേ ഗുരുവാഗം മൂലം വീട്ടിലാഹചര്യം മൂലം എനിക്ക് കഷ്ടം തന്നെയാണ് മഹാകഷ്ടം കാരണം എന്താണ് മഹചിത്തം തവചരണ സേവാരസവേദി അനാസക്തം എനിക്ക് മോഹക്കണ്ട് എന്റെ മനസ്സിനെ അങ്ങോട്ട് നയിക്കണമെന്നൊക്കെ പക്ഷെ എന്റെ സാഹചര്യങ്ങളൊന്നും എന്നെ അങ്ങയിലേക്ക് നയിക്കാൻ സാധിക്കുന്നില്ല അനാസക്തമായി പോകുന്നു അതിലേക്ക് ആസക്തി വരുന്നില്ല അതിലേക്ക് അടുക്കണമെന്നൊക്കെ മോഹം സംതിങ് എന്നെ ഡിസ്റ്റേർബ് ചെയ്യുന്നു അതുകൊണ്ട് ദയാം കുരു എന്നോട് കുറച്ച് ദയ കാണിക്കും എന്താ വേണ്ടത് ഭഗവാനെ ഭവൽപാദാംബോധ സ്മരണ രസികം ഇത്രയും വേണ്ടു ഭഗവാനെപ്പ വീട് നേരെയാക്കണേ നാട് നേരെയാക്കണേ നല്ല പ്രാർത്ഥിക്കുന്നത് ചിലരെ പ്രാർത്ഥിക്കുക എന്റെ ഭർത്താവിനെ നേരെയാക്കണേ അദ്ദേഹത്തിന് സത്ബുദ്ധി കൊടുക്കണേനാണ് എന്റെ ഭർത്താവ് നമ്മുടെ ബുദ്ധി നേരെയാണെന്നാണ് ഭർത്താവ് പ്രാർത്ഥിക്കണത് എന്റെ ഭാര്യയ്ക്ക് നല്ലവണ്ണം സദ്ബുദ്ധി കൊടുക്കണേ അങ്ങനെ മറ്റുള്ളവർക്ക് സത്ബുദ്ധി കൊടുക്കണേ അവർക്ക് നേരെയാക്കണേ ഇവരെ നേരെയാക്കണേന്നാണ് സാധാരണക്കാരൻ പ്രാർത്ഥിക്കുക അല്ലെ പൊതുവെ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുക എന്റെ മക്കൾക്ക് അംഗം കൊടുക്കണേ നമ്മളെ നേരെയാവണം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാറില്ല ഇവിടെ ഭഗവാനോട് പറയാണ് എനിക്കൊരു ഉപകാരം ചെയ്തു തരണം ദയചെയ്യണം എന്താണ് ഭവൽപാദാംബോധ സ്മരണ രസിക ഇത്ര വേണ്ട പാദത്തിൽ എന്റെ മനസ്സ് സ്മരണത്തിലൂടെ രസിക്കണം നാമരസത്തിൽ സ്മരിക്കണം രസിക്കണം കായം കായം കുഹജന വിവത്സ്യാമി അവിടുത്തെ നാമസങ്കീർത്തനം ചൊല്ലി എവിടെ വേണമെങ്കിലും ഞാൻ വസിച്ചുകൊള്ള ചിലർ പറയും മക്കളെ നോക്കാൻ വേണ്ടിട്ട് അമേരിക്കയ്ക്ക് പോകും ബേബി സിറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് അവിടെ ബോർ അടിക്കും എത്ര ദിവസം ബേബി അവിടെ ഇരിക്കാൻ പറ്റും അപ്പൊ ബോർ അടിക്കും അപ്പൊ പറയും ഇന്ത്യ ഈസ് മൈ കൺട്രി ഓൾ ഇന്ത്യസ് ആർ മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഇവിടെ ബോംബ് കുട്ടികളും കുഴപ്പമില്ല എന്നാലും സമാധാനമുണ്ട് അവിടെ എല്ലാം ഉണ്ട് പക്ഷെ അവിടെ പുറത്തിറങ്ങാൻ പറ്റില്ല പുറത്തിറങ്ങണമെങ്കിലും മക്കളുടെ സഹായം വേണം ബാർബർ ഷോപ്പിൽ പോകണമെങ്കിലും മക്കളുടെ സഹായം വേണം എല്ലാം വളരെ കണ്ടീഷൻഡാണ് വീടും എയർ കണ്ടീഷൻഡാണ് ആടും എയർ കണ്ടീഷൻഡാണ് നമ്മളാണെങ്കിൽ നടക്കുന്നിടം മുഴുവൻ കണ്ടീഷൻഡാണ് അത്ര സൌകര്യത്തിൽ ജീവിച്ച ആളുകൾക്ക് നമുക്ക് ഈ മനുഷ്യരെയും കണ്ട് മൃഗങ്ങളെയും കണ്ട് ജീവിച്ച ആളുകൾക്ക് ഒരു മനുഷ്യരെ കാണാതിരിക്കാൻ നമുക്ക് സാധ്യമല്ല അവർക്കാണെങ്കിൽ മനുഷ്യനെ കാണാമെന്ന് പറഞ്ഞാൽ അലർജിയാണ് അമേരിക്കക്കാർക്ക് സ്വന്തം അച്ഛനെ കാണണമെങ്കിൽ പോലും അപ്പോയിന്മെന്റ് എടുക്കണം ഇവിടെ ഒരു അപ്പോയിൻമെന്റും വേണ്ട അച്ഛനെ കാണാനും അമ്മയെ കാണാനും വേണോ എപ്പോ വേണമെങ്കിലും കയറിച്ചല്ല എന്നല്ല സോ നോക്കൂ അവിടുത്തെ സംസ്കാരം ഇവിടുത്തെ സംസ്കാരം ഒരു സർദാർജി പ്രതിജ്ഞ പോലെ ഇനി അമേരിക്കയ്ക്ക് പോകില്ല പറഞ്ഞു എന്താ കാരണമെന്ന് വെച്ചു നിങ്ങോരിങ്ങനെ മോർണിംഗ് വാക്കിന് പോയത് ബാത്റൂം പ്രഷർ വന്നയാൾക്ക് നമ്മുടെ നാട്ടിൽ പോര തോതിവിടത്തൊന്നും ബാത്റൂമിൽ പോകാൻ പാടില്ല അവിടേക്ക് ഓരോ സമ്പ്രദായങ്ങളുണ്ട് നിങ്ങൾ നോക്കിയില്ലേ ഇന്ത്യ കൺട്രി തോന്ന പോലെ അയാൾ അവിടെ തന്നെ ബാത്റൂമിലൊപ്പിച്ചു പിടിച്ചു പോലീസുകാർ കൊടുത്തു പണിഷ്മെന്റ് കൊടുത്തത് കൊണ്ടാണ് ഒരു ടാബ്ലറ്റാ കൊടുത്തത് പിന്നെ മൂന്ന് മാസം ബാത്റൂമ് പോയിട്ട് അത്രയും അത്ര ശക്തിയിൽ വരുന്ന കൊടുത്തത് എന്ന് പറയുന്നത് ഇതുപോലെ തമാശ പറയും അപ്പൊ അവരുടെ അത്രയും കണ്ടീഷഡാണ് കണ്ടീഷഡ് ആയിട്ടുള്ള ഒരു നമുക്ക് ജീവിക്കാൻ പറ്റില്ല കാരണം നമ്മൾ അത്ര ഫ്രീ ആയിട്ട് ജീവിച്ചതുകൊണ്ട് അമേരിക്കക്കാർക്ക് ഇവിടെ വന്ന സ്വർഗമാണ് കാരണം ഇവിടെ എപ്പോൾ വേണമെങ്കിൽ റോട്ടിലിറങ്ങാം റോഡിലിറങ്ങിയാൽ പാതിരിക്കാൻ ആളുകളെ കാണും ഇങ്ങനെയുള്ളൊരു ലോകം എവിടെയും കാണാൻ പറ്റില്ല നിങ്ങൾ കേദർ എവിടെയൊക്കെ പോകുമ്പോഴൊരു രസമാണ് ഇവിടെ ഹരിദ്വാർ ഭാഗങ്ങളിലൊക്കെ പൌർണമി ദിവസം നോക്കുമ്പോണ്ടല്ലോ ആ റോട്ടിലൂടെ നടക്കുന്ന ഒരു രസമുണ്ട് കുതിരവണ്ടിക്കാരനും കാളവണ്ടിക്കാരനും സൈക്കിൾ റിക്ഷക്കാരനും സ്റ്റാർ വെച്ചിരിക്കുന്ന കാറുകാരനും എല്ലാവരും റോട്ടിലെത്തി എല്ലാവരും ഇന്ത്യ ഈസ് മൈ കണ്ട്രി ഓർഡർ സിസ്റ്റേഴ്സ് എന്നത് സാർ വൺ എന്ന് പറയുന്ന നമുക്ക് അവിടെ കാണാൻ പറ്റും ആരും മേലെയല്ല ആരും താഴെയല്ല ഇതൊക്കെ ഇന്ത്യയിലേ പറ്റുള്ളൂ വേറെ എവിടെയും പറ്റില്ല അതാണ് നമ്മുടെ ഭാരതത്തിന്റെ ഒരു സംസ്കാരം നാനാത്വത്തിൽ ഏകത്വം കുന്തിക്കോട്ടെ കള്ളിക്കോട്ടൊക്കെ കുഴപ്പമില്ല എന്നാലും നമ്മൾ എവിടെ എത്തുമ്പോഴും ഒന്ന് തന്നെയാണ് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ നോക്കൂ നിങ്ങൾ സ്വന്തം മക്കളെ പോലും അടുത്തു കിട്ടില്ല ആ ക്യൂരെ ഒരു മണിക്കൂർ നിന്നാൽ എത്ര നാട്ടുകാരെ മുട്ടിയിടാ നിൽക്കുന്നത് കുറച്ചുനേരത്തേക്ക് അങ്ങനെയെങ്കിലും നമുക്ക് ബന്ധുക്കളായി മിത്രങ്ങളായി ഗുരുവായൂരപ്പനില്ലെങ്കിലും ഏതൊക്കെയോ നാട്ടുകാരും നമ്മുടെ കൂടെ അല്ലേ അത് ക്ഷേത്രത്തിൽ എവിടെയാണ് കിട്ടുക അപ്പൊ അങ്ങേക്കുള്ളൊരു ഫീലിംഗ് നമ്മുടെ നാട്ടിൽ മാത്രമേ കിട്ടുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ ഭഗവാനെ ഈ ഭക്തിയിൽ രസിച്ചുകൊണ്ട് അതിൽ തന്നെ എന്റെ മനസ്സിനെ രസിക്കണം അതുകൊണ്ട് എനിക്ക് അൽപ്പം എന്ത് തരണം കൃപ കാണിക്കണം ഇനി വീണ്ടും പറയുന്നു കൃപാതേം തനവൃതാംശോകേസ് അനിശമൈശോകാവിരഹിതക്താ മുക്താം സുഖഗതിമസക്തദേ ചേ അങ്ങേര കൃപയുണ്ടെങ്കിൽ കാരണ്യമുണ്ടെങ്കിൽ തനുവദാം കിം നഹി ലഭ്യം എന്താ എനിക്ക് കിട്ടാത്തതായിട്ടുള്ളത് എന്തും കിട്ടില്ലേ ഭഗവാനെ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ ഒരിക്കൽ ബോസ് പ്ലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും ആര് വാങ്ങിച്ചു ബോസ് വാങ്ങിച്ചു കൊടുത്തോളൂ ബോസിന് കോൺഫിഡൻസ് വരണം ഇയാൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് അല്ലേ ഒരിക്കൽ നമ്മളെ വ്യവഹാരത്തിൽ തന്നെ ഒരാൾക്ക് വളരെ പ്രീതി വന്നുകഴിഞ്ഞാൽ നിങ്ങൾ ഗുജറാത്തിലെത്തിയാണത്രേ ഒരാൾക്ക് മക്കളില്ലേ രക്തവ്യാപാരിയല്ല അയാളെ നോക്കിയ ഒരു സർവെന്റ് ഉണ്ട് ആ സർവെന്റിന് അയാൾ എഴുതി വയ്ക്കുന്നത് മുപ്പത് കോടി രൂപയാണ് ഭരണസമയത്ത് എഴുതി വച്ചിരിക്കുന്നത് സർവെന്റിന് ജീവിതത്തിൽ സ്വപ്നം കാണാൻ പറ്റും മുപ്പത് കോടി രൂപ ഇതുപോലെ ഒരാൾ പ്രീതനായി കഴിഞ്ഞാൽ എന്തു കൊടുക്കും ഇതുപോലെ ഭഗവാൻ പ്രീതനായാലോ യാഥാ ചേത്മിഹനവ്യം തനു പ്രധാം മതീയ ക്ലേശൌഖം ക്ലേശങ്ങളൊക്കെ ഇതൊന്നും തീർക്കാൻ അങ്ങക്ക് യാതൊരു പ്രയാസവുമില്ല എന്റെ പ്രയാസങ്ങളൊക്കെ അങ്ങയുടെ മുന്നിൽ വെറും നിസ്സാരം നിസ്സാരം അങ്ങയുടെ കാര്യമുണ്ടെങ്കിൽ ഇതൊന്നൊരു പ്രശ്നമല്ല ഭഗവാനെ ഇന്ന് കേസ് അനുസമ ഈ എത്രയോ ആളുകൾ അങ്ങേ ഭജിച്ച് ഭജിച്ച് ശോകാവിരഹിത ശോകത്തിൽ നിന്ന് മുക്തരായിട്ട് മുക്ത മുക്തന്മാരായി തീർന്ന് ഭവൽ ഭക്ത സുഖഗതി ഭവൽ ഭക്തന്മാരായി തീർന്ന് സുഖത്തെ പ്രാപിച്ചിട്ടില്ലേ പട്ടതിരിപ്പാട് വലിയൊരു പരമ്പരയെ കാണാണ് അവരിലും പലരും ദുഃഖങ്ങൾ രാമകൃഷ്ണ പരമസരയുടെ കഥകൾ അദ്ദേഹത്തിന് അറിയണ്ടാവും ക്യാൻസർ കൊണ്ട് തൊണ്ടമെടുത്ത ആളാണ് അവര് രാമകൃഷ്ണപരമത്സരം അദ്ദേഹത്തിന് ഭക്തിയുടെ ആ ഒരു മൂർധന്യാവസ്ഥയിൽ ക്യാൻസറിന്റെ യാതൊരു വേദനകളും അറിഞ്ഞിരുന്നില്ല അദ്ദേഹം തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് വെള്ളറങ്ങില്ല പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് അൽപ്പം പോലും ബാധിച്ചിരുന്നില്ല ഭക്തിയുടെ മൂർധന്യാവസ്ഥയിൽ അതെല്ലാം അദ്ദേഹം മറന്നിരുന്നു പ്രിയാൻ ഇതുപോലെ എത്രയോ മഹാത്മാക്കൾ മുക്തരായ പോലെ എന്റെ ക്ലേശവും തീർക്കാൻ അംഗീകൃ യാതൊരു പ്രയാസവുമില്ല അതുകൊണ്ട് ഭഗവാനെ ആ ഭക്തി അദ്ദേഹം പ്രകീർത്തിക്കാണ് മുനിപ്രൗഢാരൂഢാം ജഗതികലുകൂടാത്മകഥയോ മകൽപാദാംബോജ സ്മരണവിരുചോ നാരദമുഖാം ചരന്തീശസ്വൈരം സതതപരിനിർഭാത പരിജൽ സദാനന്ദാദ്വൈത ഹേ ഭഗവാനെ നാരദമുഖരിപ്രൗഢ ജഗതിരൂഢ നാരദ മഹർഷി തുടങ്ങിയിട്ടുള്ള മഹാത്മാക്കൾ ഗൂഢാത്മകതയ വളരെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആത്മാവായി തന്നെ ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് പവൽപാദാംബോജ സ്മരണ ഗുരുജന്മാരായി പാദത്തിൽ നിരന്തരം മനസ്സിനെ ഉറപ്പിച്ച് സ്മരിക്കാൻ പ്രാപ്തരായി കഴിഞ്ഞിട്ടുണ്ട് അവരൊക്കെ അനുഭവിക്കുന്ന പരമാനന്ദ അനുഭൂതിയുണ്ടല്ലോ അത് അനുഭവിക്കാൻ സാധിച്ചാൽ ധന്യരാണ് പ്രസരപരിമജ്ഞ സ്വൈരം ചരന്തി അവരക്കും പറയണോ അങ്ങനെ അനുഭവിക്കാൻ സാധിച്ചാൽ ഇതിൽ പരമെന്താ വേണ്ടത് നമ്മൾ പ്രായം കൂടുന്തോറും ലൌകീക വിഷയത്തിൽ നിന്നും മനസ്സ് ആരിൽ ലമിക്കണം മനസ്സിനെ മനസ്സിൽ തന്നെ ഭഗവാനെ കണ്ടുകൊണ്ട് ആ ഭഗവത്പാദത്തിൽ നമ്മുടെ മനസ്സ് ലമിക്കാൻ നമ്മളെ പരിശീലിപ്പിച്ചെടുക്കണം എന്നാൽ പിന്നെ ലോകത്തിൽ മറ്റൊന്നും ആവശ്യമായിട്ടുണ്ടാവില്ല ക്ലേശങ്ങളൊന്നും നമ്മളെ ബാധിക്കുകയില്ല മനസ്സത്രമാത്രം മറ്റുള്ള ചിന്തകളിൽ നിന്നും മുക്തമായിട്ടുണ്ടാവും അതുകൊണ്ട് ഭഗവാനെ ഭൽഭക്തിീടാ പവതു മമ സൈവ പ്രശമേത് അശേഷക്ലേശോകം നുഹൃതി സന്ദേഹകണിഗേവ്യസോക്തി തവച വദനൈമവോ പവന്മിതരി പുരുഷവചനപ്രാമഖിലം ഭവൽ ഭക്തി വർദ്ധിക്കട്ടെ എന്റെ മനസ്സിൽ അങ്ങയോടുള്ള ഭക്തി വർദ്ധിക്കട്ടെ കാരണം ആ ഭക്തി കൊണ്ട് ആ ഭക്തി കൊണ്ട് തന്നെ അശേഷക്ലേശൗകം പ്രസമയൻ എല്ലാ ദുഃഖങ്ങളെയും പരിഹരിക്കാൻ സാധിക്കും ഇതൊരു വലിയൊരു ചിന്തനാണ് ക്ലേശങ്ങളെ പരിഹരിക്കാൻ നിങ്ങൾ നടക്കണ്ട നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഭക്തി കൊടുക്കും തോറും ക്ലേശങ്ങളെല്ലാം മനസ്സിൽ നിന്ന് വിട്ടു മനസ്സിലായില്ലേ ക്ലേശങ്ങളെ പരിഹരിക്കാൻ ഒരു ജ്യോത്സ്യരെടുത്തേക്കാൻ പോകേണ്ടതില്ല ക്ലേശങ്ങളെ പരിഹരിക്കാൻ അമ്പലങ്ങളിലേക്ക് ഓടേണ്ടതില്ല നമ്മൾ ശ്രമിക്കേണ്ടതെല്ലാം മനസ്സിൽ എന്തുണ്ടാക്കിയാൽ മതി ഭക്തി ഉണ്ടായാൽ തന്നെ സൂര്യപ്രകാശം വന്നാൽ ഇരുട്ടിനെ അകറ്റേണ്ടതില്ല നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ജ്യോത്സ്യന്മാരെടുത്ത് പോകണം വീട്ടില് കുറച്ചു ദിവസമായി ഇരുട്ട് വന്നിട്ടെന്ന് അതെങ്ങനെയാ മാറ്റേണ്ടതെന്ന് അത് കേതുവിന്റെ അപകരണം കൊണ്ടാണ് രാഹുവിന്റെ അപകരണം കൊണ്ടാണ് കേൾക്കേണ്ട ആവശ്യമുണ്ടോ വേട്ട സൂര്യൻ ഉദിച്ചാൽ എന്ത് ചെയ്താൽ മതി ജനവാതിലൊക്കെ ഇങ്ങനെ തുറന്നിട്ടഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓം ഗുരുവായൂരപ്പായ സ്വാഹ ഇരുട്ടുപോകട്ടെ സ്വാഹ പറയേണ്ട ആവശ്യമില്ല ഗുരുവായൂരപ്പനെ വിളിച്ചിട്ട് ഇരുട്ടുപോകണമെന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല ഉണ്ടോ പൈപ്പിലെ വെള്ളം എടുത്തിട്ട് ഇരുട്ടുപോകാൻ വേണ്ടി അടിക്കണോ ചൂലെടുത്ത് അടിച്ചു വരണോ തലകുത്തി മറയണോ ഇരുട്ടുപോവാൻ വേണ്ട ഇരുട്ടുപോവാൻ എന്ത് ചെയ്താ മതി ഇതുപോലെ നമ്മുടെ ഉള്ളിലെ മനസ്സിലെ ഇരുട്ടുപോവാൻ പ്രകാശം വരുത്തിയാൽ മതി ഏത് പ്രകാശം ഗുരുവായൂരപ്പനെയാണ് പ്രതീക്ഷിച്ചാൽ മതി മനസ്സിലായില്ലേ അപ്പൊ ഗുരുവായൂരപ്പനെ പ്രതീക്ഷിച്ചാൽ പിന്നെ അവിടെ ആരുണ്ടാവില്ല ഒരിട്ടുണ്ടാവില്ല ഇതാണ് പലർക്കും മനസ്സിലാവാത്തത് ആളുകൾക്ക് ആവശ്യം പ്രശ്നങ്ങൾ പരിഹരിക്കലാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല നമ്മൾ പോണ്ടത് പ്രശ്നങ്ങൾ കൊയ്ക്കോളും അതിനെക്കുറിച്ച് ചിന്തിക്കാണ്ടിരിക്കും നമ്മൾ എന്ത് ചെയ്താൽ മനസ്സിൽ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് രോഗം വന്നിട്ട് നിങ്ങൾ പ്രിവെന്റിവ് പോണ്ട നിങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ ഒരു രോഗങ്ങൾ നിങ്ങളെടുത്ത് വരില്ല മനസ്സ് സ്ട്രോങ് ആക്കി മാറ്റിയാമല്ലേ മനസ്സിനെ സ്ട്രോങ് ആക്കാൻ ഒരേ വഴി എന്താണ് മനസ്സിൽ നിരന്തരം ഭഗവാനെ പ്രതിഷ്ഠിക്കുക അശേഷ ക്ലേശയോഗം പ്രശ്നമേൽ ഇക്കാര്യത്തിൽ ഹൃദയ സന്ദേഹം കണിക അല്പം പോലും എനിക്ക് സംശയമില്ല മനസ്സിലാവുണ്ടോ അതായത് വിഷമങ്ങൾ മാറ്റാൻ വേണ്ടി എവിടേക്കും ഓടരുത് വിഷമങ്ങൾ മാറ്റേണ്ടതില്ല എന്ത് ചെയ്താൽ ഭഗവാനെ നിരന്തരം സ്മരിച്ചു കഴിഞ്ഞാൽ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ പൊയ്ക്കോ മനസ്സിലായില്ലേ എത്ര രസമാണ് നോക്കൂ നിങ്ങൾ ഇപ്പൊ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ തന്നെ ഒരു അനുഭവം നോക്കൂ നിങ്ങൾ നിങ്ങളുടെ വീട് നിങ്ങൾ അടിച്ചു വൃത്തിയാക്കി കൊണ്ടു നടന്നാൽ തന്നെ പിന്നെ അവിടെ മാറാലെ പിടിക്കില്ല ഉണ്ടോ കേണോ നിങ്ങൾ നേരെ മറിച്ച് മടിയന്മാരാണെങ്കിൽ മാറാതെ നോക്കിക്കൊണ്ട് ഓ ഇവിടെ ഒരു എടുത്തു കളഞ്ഞു അങ്ങനെ മാറാലെ വന്നാലേ നിങ്ങൾ അടിച്ചു വരുള്ളൂ എപ്പോഴും ആരെ നോക്കി നടക്കേണ്ടി വരും ഈ അത് നോക്കി നടക്കേണ്ടി വരും ഇവിടെ ഒരു ആകുണ്ട് എട്ടുകാലിണ്ട് അവിടെ ഒരു എട്ടുകാലി ഉണ്ട് അവര് വീട്ടിൽ എട്ടുകാലി മാത്രമേ ഉണ്ടാവുള്ളൂ രാവിലെ എണീറ്റാൽ അവര് കാണുന്നത് എട്ടുകാലിയുണ്ട് അപ്പൊ നമ്മള് പ്രശ്നങ്ങളെ കാണാനല്ല പഠിക്കേണ്ടത് നമ്മൾ പഠിക്കേണ്ടത് ഭഗവാന്റെ സ്മരണം ചെയ്തുകൊണ്ടിരുന്നാൽ പ്രശ്നങ്ങളെല്ലാം വിട്ടുപോകും അത് സത്യമാണ് അല്ലേ നമ്മുടെ വീട്ടിലുണ്ടല്ലോ ആകെ ബഹളമായിരിക്കും വീട്ടിലെ പണ്ടത്തെ വീടിന്റെ കാര്യം പറയണേ കാരണവർ വീട്ടിൽ നിന്ന് ആലിസം പോയി നേരിടിക്കുക തീർത്ഥാടനം പോയി ആകെ ഒക്കെ ബഹളം ബഹളം ബഹളം ഉള്ളിലുള്ളവർ പറയുന്നു മിണ്ണാണ്ടിരിക്കും എല്ലാ ഒച്ചപ്പാട് ഇങ്ങനെയൊക്കെ ബഹളം വെക്കുന്നു മിണ്ടാണ്ടിരിക്കുന്നൊക്കെ പറയും വീട്ടിലുള്ളവര് എന്നാൽ വീട്ടിലെ കാർണവർ തീർത്ഥാടനം കഴിഞ്ഞ് വീട്ടിൽ അങ്ങോട്ട് വരട്ടെ അത്തുവരെ ഉണ്ടായിരുന്ന ബഹളങ്ങളൊക്കെ പിന്നെ ഉള്ളിലൊന്നും മനുഷ്യനെ കാടില്ല ഇങ്ങോരെവിടെ ഉണ്ടോ അവിടെയൊക്കെ കാര്യമായിരിക്കും കാരണം എല്ലാവരെയും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് ഒതുങ്ങും അല്ലെ ശരിയല്ലേ അത് ചിന്തിക്കും ഇതുപോലെ ഭഗവാൻ ഉണ്ടോ ബാക്കിയുള്ളവരൊക്കെ അവിടുന്ന് വിട്ടുപോയി അപ്പൊ നമ്മളിപ്പോ കൂടുതൽ ഭഗവാനെ പിടിച്ചുകൊണ്ടുവരുന്നതിനേക്കാൾ ശ്രദ്ധിക്കുന്നത് പലരും ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാനാണ് അതുകൊണ്ടാണ് നമ്മൾ പലരും നേരെയാവാത്തത് മുഴു പ്രശ്നങ്ങളെ നമുക്ക് പിടിക്കേണ്ടത് ആരെയാണ് ഭഗവാനെ ഭക്തി വർദ്ധിക്കും തോറും എല്ലാ ക്ലേശങ്ങളും മനസ്സിൽ നിന്ന് ക്രമേണ വിട്ടു നാളികേരം വരിക്കാൻ നിങ്ങൾ ആളെ ഏർപ്പാട് ചെയ്യണമെന്നില്ല അത് കുറെ നല്ലവണ്ണം ഉണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വരിക്കുന്നതിന് മുമ്പ് തന്നെ അത് താഴോട്ടും ഇങ്ങോട്ട് വരും ചില ചക്കകളുണ്ടല്ലോ അല്ലെ ചില ചക്ക പഴുത്താൽ നമ്മൾ കയറി പറയ്ക്കണം വേറൊരു ചക്ക നിങ്ങൾ കയറി പറയ്ക്കേണ്ട ആവശ്യമില്ല നല്ല പഴുത്തു കഴിഞ്ഞാൽ അവൾ നിങ്ങളോട് ഇങ്ങോട്ട് വരും നിങ്ങളെ സേവിക്കാൻ ഞാനിത് താഴോട്ട് വരുന്നു എന്നിട്ട് തരം ചക്കല്ലേ എന്തായാലും പറയാ ആ പഴഞ്ചക്കാ പറഞ്ഞത് അത് വളരെ സ്ട്രോങ് കുറവായിരിക്കും അത് കഴിക്കാനും സുഖ വെച്ചു കൊടുത്താൽ മതി കളച്ചറയ്ക്കണ ആവശ്യമില്ല വണ്ടിയിൽ പെട്രോൾ അടിക്കുന്ന പോലെയാണ് അത്ര സ്പീഡിലെ ഉള്ളിലേക്ക് ഇതുപോലെ നമ്മള് സാധനം മൂത്തു കഴിഞ്ഞാൽ അതിങ്ങോട്ട് താഴോട്ട് അതക്കി വരും അവതരിക്കും ആ സാധനം ഇതുപോലെ നമ്മുടെ മനസ്സ് ഭക്തിയോട്ട് മൂക്കും തോറും വേണ്ടാത്തതെല്ലാം ഒഴിഞ്ഞുപോയിക്കോളും മനസ്സിലാവുണ്ടോ നിങ്ങൾ അതായത് നിങ്ങളൊരു വീട് വാടകയ്ക്കൊടുത്തു ആ പാർട്ടി ഒഴിയുന്നില്ല നിങ്ങൾ കേസും കൂട്ടവും കൊടുത്താൽ കേസ് സ്ട്രോങ് ആവുള്ളൂ നേരെ ഒരു ദിവസം നിങ്ങൾ ആ വീട്ടിൽ പോയി താമസിച്ചിരിക്കുക നിങ്ങൾ കീർത്തനവും എല്ലാം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടി അവിടെ നിൽക്കില്ല ഇത്തിരി ഭക്തിയോട് അലർജി ഉള്ളവരാണെങ്കിൽ പിന്നെ തീരെ നിൽക്കില്ല അവര് നോക്കൂ നിങ്ങള് ചില ആളുകൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് ഞാനൊരു അധ്യാപകനെ പരിചയത്ത് ഇദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവരാരെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം തുടങ്ങണം രാമായണം തീരം അപ്പോഴെങ്കിലും മറ്റേ ആൾ പറയും ശരി ട്ടോ പോയിട്ട് വരാമെന്ന് അത്ര ഭഗവൽനാമം അലർജി ഉള്ള ആൾക്കാരുണ്ട് സോ കേൾക്കുമ്പോഴേക്കും അവര് സ്ഥലം വിട്ടു ഇതുപോലെ നമ്മൾ ആൾക്കാരെ അകറ്റും പിടിക്കൊന്നും വേണ്ട എളുപ്പമായിട്ടുള്ള ഒരു മാർഗമാണ് എന്ത് നാമം ജീവിച്ചുകൊണ്ട് മനസ്സിനെ നാമം ജപിച്ചു ആളുകൾക്ക് കുറവുള്ള ഒരു സംസ്കാരമാണ് ഏത് നാമം അമ്പലത്തിൽ പോകുക ആൾക്കാർ തൊഴും അതിലൊന്നും കുറവില്ല അത് വെട്ടി വെട്ടിയൊക്കെ മുട്ടികളൊക്കെ തൊഴും അതിലൊന്നും കുറവില്ല അമ്പലത്തിന്റെ ഉള്ളിൽ പോയാൽ പോലും മനസ്സറിയുന്ന ഒരാളെ കണ്ടുകഴിഞ്ഞാൽ ആദ്യം ചോദിക്കുക മോള കല്യാണം തൈന്നാണ് ഭഗവാനാണോ എന്തെങ്കിലും കുറച്ചുകാരെ നാമം ചൊല്ലാൻ മനസ്സിനോട് പറഞ്ഞാൽ അത്ര പിടിക്കില്ലേ അതിന് അപ്പോഴേക്കും മറ്റാളുടെ മോള കല്യാണം അറിയണം അത് കഴിഞ്ഞാൽ മോളുടെ കല്യാണം കഴിഞ്ഞു എന്ന് ഉടനെ ചോദിക്കും പ്രസവിച്ചു എന്ന് അവിടെ കൊണ്ട് നിൽക്കില്ലേ അടുത്ത വിവരം അറിയണം ഇതാണ് മനസ്സിന്റെ ഇഷ്ടം അതായത് ലൗകിക കാര്യങ്ങളിലേക്ക് വേഗം മനസ്സ് ചാടിച്ചെന്ന് പിടിക്കും എന്നാ ഒരു അഞ്ചു മിനിറ്റ് ഇരുന്ന് ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരേ ഹരേ രാമ ഹരേ രാമ അത് ജപിക്കും അമ്പരത്തിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ജപിക്കും നാരായണ നാരായണ നാരായണ നാരായണ നാരായണ സാരി നന്നായിട്ടുണ്ടെന്നാ പറയുന്നതേ മറ്റാളുടെ സാരിയിലേക്ക് നോക്കിയത് നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ അടുത്താലോട് ഗീത ഇവിടുന്ന വാങ്ങിച്ചത് ഒക്കെ നാരായണനോട് ഒപ്പിക്കേ വരെ ചില ആളുകളെയൊക്കെ കാണണം നിങ്ങൾക്ക് രസമാണത് നിങ്ങൾ അമ്പലത്തിന്റെ ഉള്ളിലൊന്നും എന്താണ് തൊഴാൻ കുറച്ച് മാറി നിൽക്കുക അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ മനസ്സിനെ കുറച്ചുനേരം നാമം ജപിക്കൂ എന്നാണ് പട്ടതിരിപ്പാണ് പറയുന്നത് എന്നിട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ വ്യാസസ്ഥ ഉക്തി തവചനം വ്യാസൻ പറഞ്ഞ വാക്കുകളും അവചവചനം അങ്ങ് പറഞ്ഞ വാക്കുകളും മിത്യാപവതി മിത്യായി തീരും അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് ഏതൊരു ഭക്തനാണോ എന്നിലേക്ക് തിരിയുന്നത് സർവധർമാൻ പരിത്യജ്യ ആമേകം ശരണം പ്രജ അഹംത്വ സർവഭാവി വ്യോമ ഞാൻ മുക്തി കൊടുക്കുന്നു എന്നിലേക്ക് തിരിഞ്ഞ ഭക്തനെ മുക്തി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ ഭക്തനെ മുക്തി കൊടുത്തില്ലെങ്കിൽ അകപ്രശ്നം ഭഗവാന്റെ വാക്കുകൾ തെറ്റിയില്ലയേ അതുപോലെ വ്യാസഭഗവാൻ പറയുന്നുണ്ട് വ്യാസഭഗവാൻ പറയുന്നുണ്ട് ആകാശാൽ പതിതം തോയം യഥാഗച്ചതി സാഗരം സർവദേവ നമസ്കാരം വാസുതി കേശവം പ്രതിഗച്ചതി ഇത് വാസുദേവനിലേക്കാണ് തിരിയുന്നത് അങ്ങനെ വാസുദേവനിലേക്ക് നമ്മുടെ നമസ്കാരം തിരിയുന്നുവെങ്കിൽ നമ്മളെ കയറിയാൻ ആര് വാദ്യസ്ഥനാണ് ഇതൊക്കെ തെറ്റില്ലേ എന്ന് പറയാണ് ഇപ്രകാരം പറഞ്ഞ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു പുനഃചാദ സ്വാന്ദേ വിമലപരിബോധോദയലൻ മഹാനന്വാ ദ്വൈദം വിശതികമത പരം ഇതിൽപരം എന്താണ് ഇവിടെ പ്രാർത്ഥിക്കാനുള്ളത് എന്താ പ്രാർത്ഥിക്കേണ്ടത് പവൽ ഭക്തി സ്ഥാപൽ എപ്പോ ഭഗവാനിലുള്ള ഭക്തി ദൃഢമായിത്തീരുന്നോ ക്രമേണ ക്രമേണ മനസ്സ് അതിൽ മാധുര്യം അനുഭവിക്കാൻ തുടങ്ങും തദ്ഗുണരസാൽ ഭഗവാന്റെ ഗുണത്തിൽ നമ്മൾ രസിക്കും തോറും ഭഗവാന്റെ ആ എന്താണ് കാരുണ്യത്തിന് മുമ്പിൽ നമ്മൾ രസിക്കു തോറും മനസ്സിൽ മാധുര്യം കൂടിക്കൂടി വരും അഖില പരിതാപ ക്രമേണ ക്രമേണ മനസ്സിലെ എല്ലാ പരിതാപങ്ങളും വിട്ടുപോകുന്നതാണ് സോ അന്തേ സ്വാതേ വിപല പരിബോധയുള്ള തുടക്കവും ഒടുക്കവുമെല്ലാം മനസ്സിന്റെ ശക്തിയും മനസ്സിന്റെ പ്രേമവും മനസ്സിന്റെ ആനന്ദവും വർദ്ധിപ്പിക്കുന്നതാണ് ഇപ്രകാരമുള്ള മഹാ ആനന്ദം തരുന്ന ഈ ഭക്തിയേക്കാൾ ശ്രേഷ്ഠമായിട്ട് മറ്റെന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ളത് ഈ ഭക്തിയുടെ മഹിമ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ഭക്തി നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും അതുകൊണ്ട് കുറച്ചു സമയം നമ്മൾ ഇതിനുവേണ്ടി ചെലവഴിക്കണം ഒരു അരമണിക്കൂർ നേരമെങ്കിലും താമസ്മരണത്തിന് വേണ്ടി ചെലവഴിക്കണം അത് ദിവസം നമ്മളൊരു പ്രക്രിയയെ തീർന്നു കഴിഞ്ഞാൽല്ലോ ക്രമേണ ക്രമേണ മനസ്സിന്റെ ആകർഷണം ആരിലേക്ക് വരും ഭഗവാനിലേക്ക് വരും നമുക്ക് കട്ട് ഓഫ് ചെയ്യാൻ പറ്റും ഇതിനാണ് ക്ഷേത്രത്തിന്റെ മുന്നിൽ കൽവിളക്കിന്റെ മുന്നിൽ അല്ലെങ്കിൽ വലിയ വിളക്കിന്റെ താഴെ ആമയെ വെച്ചിരിക്കുന്നത് ക്ഷേത്രങ്ങളിലൊക്കെ കണ്ടെങ്കിൽ വലിയൊരു വിളക്കിന്റെ താഴെ ആമയെ വെച്ചിരിക്കുന്നത് അതെന്തിനാണ് ഭഗവാൻ തമിഴ്നാട്ടുകാരനാണോ കാരണം തമിഴ്നാട്ടുകാരാണല്ലോ എന്ത് ചോദിച്ചാലും ആമ ഭഗവാൻ എന്തിനാണ് ആമയെ വെച്ചിരിക്കുന്നത് നമ്മൾ അവിടെ ചെന്നിട്ട് ഗുരുവായൂരപ്പാത്തരങ്കോ കാപ്പാറങ്കോ ആമ അത് പറയാനാണോ ഭഗവാൻ അത് വെച്ചിരിക്കുന്നത് അല്ല പിന്നെയോ മനസ്സ് ആമയെപ്പോലെ ഇരിക്കണം എന്നാണ് എന്നുവെച്ചാൽ എന്താണ് നമ്മൾ അമ്പലത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളും ഉള്ളിലേക്ക് എന്ന് വെച്ചാൽ ലൌകികമായതെല്ലാം മറന്ന് ഇനി ആരെ മാത്രം ഉള്ളിലുള്ള ഈശ്വരനെ മാത്രം സ്മരിക്കണം എന്നാ ഇന്ന് അമ്പലത്തിൽ കിടക്കുമ്പോൾ ഓർക്കുന്നൊക്കെ ലൗകികൾ മക്കളുടെ കാര്യം ഭാര്യയുടെ കാര്യം ഭർത്താവിന്റെ കാര്യം ഭഗവാനെയും ഗുരുവായപ്പ ഞാൻ എന്റെ കെട്ടിയോളും ഓളകുട്ടികളും നേരി അവിടെയെന്നാണ് രണ്ട് കെട്ടിലേക്ക് കെട്ടിയുള്ളൂ ഞാനും എന്റെ കെട്ടിയോളും ഓളകുട്ടികളുമാണ് ഇത് മാത്രമേ അവർക്ക് നേരെയാവേണ്ടതുള്ളൂ പ്രസവത്തിൽ ദൈവത്തിനോടൊന്നും പറയേണ്ടതില്ല നേരത്തെ പറഞ്ഞില്ലേ എന്ത് ചെയ്താൽ മതി ഭഗവാന്റെ മുന്നിൽ നമ്മുടെ സന്നിധ്യ ആ ശ്ലോകം മറക്കരുത് അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ നമ്മളെ തന്നെ ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ ഭഗവാനാകും അധികം ചെയ്യും ഈ ബോധം നമുക്ക് നല്ലവണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയാൽ എന്താ ചെയ്യാം ക്ഷേത്രത്തിൽ പോയാൽ എന്ത് ഒരു ഭാഗത്തിരുന്ന് നാമം ചെല്ലും നിങ്ങളെ തന്നെ നിങ്ങൾ ഭഗവാന് സമർപ്പിക്കും അല്ലേ രണ്ട് കാര്യങ്ങളേ ക്ഷേത്രത്തിൽ ചെയ്യാറുള്ളൂ നാമം ജപിക്കുക നമ്മുടെ മനസ്സിനെയും ഭഗവാന് സമർപ്പിക്കുക വേറൊന്നും ക്ഷേത്രത്തിൽ പോയി ചെയ്യാനില്ല ആ ക്ഷേത്രത്തെയാണ് ഹിന്ദുക്കൾ നശിപ്പിച്ചിരിക്കുന്നത് അത് വഴിപാട് കൗണ്ടറും മറ്റും ആക്കിക്കഴിഞ്ഞ് ആളുകൾ പായസത്തിനും മറ്റേതിനും ഇടികൂടുകയാണ് തൊഴിലുകൾ പുറത്തു കിടക്കുമ്പോഴേക്കിനി പാൽപ്പായസമാണോ നെയ് പായസമാണോ എന്താ മനസ്സെവിടെ ഏകാഗ്രപ്പെടുക നോക്കൂ നിങ്ങൾ നമ്മൾ എത്ര കലുഷിതമായി പോയിരുന്നു ഒന്നും വേണ്ട അമ്പലത്തിൽ പോവാൻ കുറച്ചുനേരം ഒരു ഭാഗത്തിരുന്ന് നാമൻ ദേവിക്ക് അവസാനം തന്നെ തന്നെ ഭഗവാനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കൂടെ പോലും ഭഗവാനുണ്ടെന്ന ബോധത്തോടെ വരിക ഭഗവാൻ ഇത്രയേ വേണ്ടു ഭഗവാൻ ഗീതയിൽ പറയുന്നതിന് എനിക്ക് രണ്ട് കാര്യം വേണ്ടു എന്തൊക്കെയാ രണ്ടു കാര്യം ഒന്ന് ഒരു ആളുകൾ ഒരു രൂപയുടെ എന്തിനാ എനിക്ക് മനസ്സിലാവില്ല ഒരു രൂപയും കൊണ്ട് പണ്ടൊക്കെ അമ്പത് വയസ്സായിരുന്നു ഇപ്പം മൂല്യം കൂടിയതിനനുസരിച്ച് ഭഗവാന് രണ്ട് കാര്യങ്ങളെ ആവശ്യമുള്ളൂ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ട നിങ്ങൾ ഗീത കുറച്ച് പഠിച്ചാൽ ഇതൊക്കെ മനസ്സിലാവും ഭഗവാൻ ഗീതയിൽ പറയും എനിക്ക് നിങ്ങളുടെ മനസ്സും ബുദ്ധിയും വേണം പയ്യ അർപ്പിത ബുദ്ധി എനിക്ക് വേണ്ടത് നിങ്ങളുടെ മനസ്സും ബുദ്ധിയും മനസ്സർപ്പിക്കേണ്ടത് നാമസ്മരണത്തിലൂടെയും ബുദ്ധി അർപ്പിക്കേണ്ടത് സമർപ്പണത്തിലൂടെ ഇങ്ങനെ നമ്മുടെ മനസ്സും ബുദ്ധിയും ആർക്ക് സമർപ്പിച്ചാൽ മതി ഭഗവാൻ പറയും പദവൂർദ്ധം സംശയ നിങ്ങൾക്ക് അത്ര ദൃഢമായി ഉറച്ച് ഭക്തി വേണമെന്നുണ്ടെങ്കിൽ നാമം കൊണ്ട് മനസ്സിനെയും സമർപ്പണം കൊണ്ട് ബുദ്ധിയെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരെടുത്തെത്തി ഭഗവാൻ എടുത്തെത്തി അതൊക്കെ എത്ര രസാണോ നോക്കൂ നിങ്ങൾ അപ്പൊ എവിടെയും നിങ്ങൾക്ക് ദുഃഖിക്കാൻ സാധ്യല്ല കാരണം നിങ്ങൾക്ക് ദുഃഖിക്കണമെങ്കിൽ മനസ്സുകൊണ്ടേ ദുഃഖിക്കാൻ പറ്റുള്ളൂ ആ ദുഃഖിക്കാനുള്ള മനസ്സ് ആരയിലാണ് ഭഗവാന്റെ കയ്യിൽ അപ്പൊ പിന്നെ ആര് ദുഃഖിക്കണം നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ ദുഃഖിക്കട്ടേക്കണം സാധനം ദുഃഖിക്കേണ്ട സാധനം അങ്ങോട്ടേക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും രസമാണ് ജീവിതം ബഹു രസമാണ് നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയ നന്നായി എന്നിട്ട് പറയുന്നു അതുകൊണ്ട് ഭഗവാനെ വിതൂയക്ലേശാമേ ഗുരുശരണയുക്തരസം ഭവൽക്ഷേത്ര പ്രാതൂ കരമവിജതേ പൂജനവിദൂർ ലോകേ നയന മതദേ പാദതുളസി പരിഗ്രാണേ ത്തിന്റെ അഭ്യർത്ഥന മേ മീ ശരണയു ഭവൻ ക്ഷേത്രപ്രാപ്തോ ഈ കാലുകൾ കൊണ്ട് എവിടെ എത്തണം ക്ഷേത്രപ്രാപ്തോ അവിടുത്തെ ക്ഷേത്രത്തിൽ എനിക്ക് എത്താൻ പറ്റണം കരമവിതേ പൂജനവിതോ ഈ കരം കൊണ്ട് അങ്ങെ പൂജിക്കാൻ എനിക്ക് സാധിക്കണം നയനം ഭവൻ മൂർത്തിയ എന്റെ കണ്ണുകൊണ്ട് ആ മൂർത്തിയെനിക്ക് കാണാൻ സാധിക്കണം ഘരാണം പാത തുളസി പാദത്തിൽ വീണിരിക്കുന്ന തുളസി എനിക്ക് വാസനിക്കാൻ സാധിക്കണം ശ്രവണം ചാരുചരിതേ അവിടുത്തെ കഥകളെ എനിക്ക് കേൾക്കാൻ സാധിക്കണം ക്ഷേത്രത്തിൽ പോയി പൂജാദികൾ ചെയ്ത് അതുപോലെ തന്നെ എന്റെ ചെവി കൊണ്ടവിടുത്തെ നാമസങ്കീർത്തനങ്ങൾ കേട്ട് നാമകൊണ്ട് നാമസങ്കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട് എന്റെ മനസ്സിനെ ക്രമേണ അങ്ങയിലേക്ക് ഉയർത്താൻ എനിക്ക് സാധിക്കണം ഇപ്രകാരം സാധിച്ചാൽ പ്രഭൂതാദിപ്യാധി പ്രസവജലിദേ മാമകൃതി ത്യംപം പരമരസിദ്രൂപമുദിയൽ ഉദഞ്ജൽ റോമാഞ്ചോ ഗളിതബുഹർഷനിവഹോ യഥാ വിസ്മരയാസം തുരുപമ ശബൈലാ പരിഭവാൻ ോമാഞ്ചോ ഉയർന്ന് മനസ്സിന്റെ രോമാഞ്ചം കൊണ്ട് മറ്റെല്ലാം മറന്ന് അവിടുത്തെ നാമത്തിൽ തന്നെ മനസ്സും ഒഴിയിപ്പിച്ചുകൊണ്ട് ഗളിതബുഹാശുനിവഹ കണ്ണിൽ നിന്ന് ആനന്ദ അശ്രുക്കൾ ഒഴുകിക്കൊണ്ട് എന്റെ എല്ലാ ദുഃഖങ്ങളും ദുരുഗമശമ വീരാ എല്ലാ ദുഃഖങ്ങളെയും വിസ്മരിച്ചുകൊണ്ട് ഭഗവാനെ അവിടുത്തെ ആ രൂപം മാമകഹൃതി ത്വതീയം രൂപം അവിടുത്തെ ആ രൂപമുണ്ടല്ലോ എന്റെ മനസ്സിൽ കൊതിക്കേണമേ നല്ലവണ്ണം തെളിഞ്ഞു കാണേണമേ ഞാൻ എന്റെ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങളെയും അങ്ങനെ രൂപം കണ്ടുകൊണ്ട് മറന്നു പോകണം മനസ്സിൽ പ്രശ്നങ്ങളല്ല കാണേണ്ടത് എന്റെ മനസ്സിൽ ആരെ കാണണം ഭഗവാനെ കണ്ടുകൊണ്ട് എല്ലാം വിസ്മരിക്കാൻ സാധിക്കണം ഇതിൽ പരം ഞാൻ വേറെയൊന്നും കാണുന്നില്ല മരുൽ ഗേഹാദീശലു പരാഞ്ചോസ്നേഹിസോഹം രിതപ്യേശം അ കീർത്തി വരദഗതഭാരം പ്രശമയൻ ബവൽഭക്തോത്തംസം ഷടി ഗുരുമാൻ കംസദമന പട്ടനിരിപ്പാട് ഒരു കംപ്ലൈന്റ് പറയുകയാണ് എന്താ കംപ്ലയിന്റ് ഖലു പരാഞ്ജോമി സുഖിനോ അങ്ങയിൽ പരാഞ്ജന്മാര് പരാജന്മാരെ എന്ന് പറഞ്ഞാൽ അങ്ങയിലേക്ക് മനസ്സ് തിരിക്കാത്തവർ ഇത്രയൊന്നും ഭക്തിയില്ലാത്തവർക്ക് പോലും സുഖമാണുള്ളത് പട്ടനിരിപ്പാട് കാണുന്നുണ്ടാവും ചില ആളുകൾ ഭഗവാനെ ക്രിട്ടിസൈസ് ചെയ്ത് നടക്കുന്നത് അവരൊക്കെ പരമസുഖം നമ്മൾ പറയാലേ ഗുരുവായപ്പാ ഞാനെത്ര ഹൃദയപ്പെരികെ വിളിക്കുന്നു എന്നോട് കരുണ കാണിക്കില്ല അടുത്ത വീട്ടുകാരെ തിരിഞ്ഞു നോക്കണേ അവനാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പൊ ചില ആളുകൾ അമ്പലത്തിൽ പോവാതെ തന്നെ അവർക്ക് പരമസുഖമുണ്ട് ചിലരെന്ത് അമ്പലത്തിൽ പോവുകയും ചെയ്യുന്നുണ്ട് ഓരോ പ്രശ്നങ്ങൾ വഴിക്കും വഴിക്കും വഴിക്കും അവന്റെ പിന്നാലെയും വരുന്നുണ്ട് അപ്പൊ അവൻ അഹം ഞാൻ അവിടുത്തെ സ്നേഹിയാണ് ഭക്തനാണ് ബഹുബലത്തെ പരിഹത്തി ഞാൻ എത്ര കഷ്ടപ്പെടുന്നത് അപ്പൊ സുഖവും ഭക്തി ഉള്ളവർക്ക് കഷ്ടപ്പാട് അകീർത്തിയമാവും ഭഗവാനെ അങ്ങേ ചിത പേരുണ്ടാവുന്നിട്ടോ നാണകേടാണ് ആളുകൾ എന്താ പറയുക അത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ചൊല്ലുക ഈ പട്ടതിപാട് പറയുന്നത് ശരിയാണ് നിങ്ങൾ ദിവസവും അമ്പലത്തിൽ പോകുന്ന ആൾക്കാരാവുക എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വിഷമങ്ങൾ വരിക ബുദ്ധിമുട്ടുകൾ വരിക പ്രയാസങ്ങൾ വരിക ആളുകൾ എന്താ പറയാ അറിയോ ഭക്തി കൂടിയതിന്റെ ലക്ഷണമാണ് അനുഭവിച്ചല്ലേ അന്നേയും ഞാൻ പറയാം നിങ്ങൾ അടുക്കരുത് അപ്പൊ അങ്ങനെ ധാരണയുണ്ട് ദൈവത്തോട് അടുക്കുന്നതോറും കുഴപ്പങ്ങളെ ഉള്ളൂ ശരിക്ക കൂടുതൽ അമ്പലത്തിൽ പോകുന്ന ആളുകൾക്ക് എന്തെങ്കിലും വിഷമം വന്ന നാട്ടുകാരെന്താ പറയാ വെറുതെ അല്ല രാവിലെ മുതൽ വീട്ടിലെ ജോലിയും ആ ഭർത്താവിനെയും മക്കളെയും നോക്കുന്നത് ഓടുന്നവള് അനുഭവിക്കട്ടെ വെറുതെയല്ല ദൈവം അങ്ങനെ കൊടുത്തതെന്ന് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട് കൂടുതൽ അടുക്കുന്നവർക്ക് കൂടുതൽ എനിക്ക് പ്രശ്നം വരും പോവാറില്ല ഓ അവരങ്ങനെയാണ് സർട്ടിഫ് ചെയ്തിരിക്കയാണ് കൂടുതലടുക്കാത്തോണ്ടാണ് യാതൊരു പ്രശ്നമില്ലാത്തത് ഇങ്ങനെ ചില ആളുകൾ നമുക്ക് കാണാം പട്ടൊരുപാട് തന്നെ അവർ എഴുതുന്നത് ചീത്ത പേരുണ്ടാക്കരുത് ഗതവാരം പ്രശമേൻ എന്റെ മനസ്സിലെ ഭാരങ്ങളൊക്കെ മാറ്റി തന്നോളൂന്ന് അങ്ങനെ അറിയാലോ ഭവൻ ഭക്തോ സംസം ഞാൻ അവിടുത്തെ ഭക്തനല്ലേ അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്തന്റെ ദുഃഖങ്ങളും വിഷമങ്ങളും അങ്ങ് വേഗം പരിഹരിച്ചെന്നുള്ളൂ അല്ലെങ്കിൽ അങ്ങക്ക് ചീത്തപ്പേരാണ് നാട്ടുകാര് പറയും ഭക്തി കൊടുത്തതിന്റെ ഉഴപ്പാണ് ഇങ്ങോട്ടീ അനുഭവിക്കുന്നതെന്ന് ആർക്കാ ചീത്തപ്പേര് വരിക ഭഗവാനെ കണ്ടില്ലേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട പറയുന്നതന്നെ കൃഷ്ണ കൃഷ്ണ വേദനിച്ചിട്ടാ പറയുന്നത് ഇതൊക്കെ അയാളുടെ ഭക്തികാരനല്ലേ വല്ല വൈദ്യലേ പോയി കണ്ടുകൂടായിരുന്നില്ലേ കുഴിച്ചിലും പിഴിച്ചിലും ഒക്കെ അതിന്റെ വാതരോഗം മാറിക്കിട്ടില്ല അത് പറഞ്ഞേ കൃഷ്ണ കൃഷ്ണ അല്ലെങ്കിയിട്ട് കാര്യം നമ്മുടെ വീട്ടിൽ പറയുന്നത് തന്നെയല്ലേ അപ്പോ അതുകൊണ്ട് ചീത്ത പേരുണ്ടായിരുന്നു ഇത് പറഞ്ഞു പട്ടേരി പാട്ട് തോന്നി ഇത്രയൊന്നും പറയേണ്ടിയില്ല മോശമാണത് അതുകൊണ്ട് അദ്ദേഹം തന്നെ പറയുകയാണ് കിമുക്തേ ഭൂയോഭി അവരുണായവതുൽ അഹം താവൽദേവിതവിവിധിത പുരക്ലൃപ്തേ പാദേവനേഷ്യാമി വസാൻ യഥാശക്തി വ്യക്തം നദിന വിരചയൻ ഹിമുക്തൂ യോബി ഇങ്ങനെ കുറെ പറഞ്ഞിട്ടെന്ന കാര്യം ഭഗവാനെ വെറുതെ വേണ്ടാത്തവരെ സമയം കളയാ നല്ലാതെ ഒന്നും ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് കവകരുണായവതുയാൾ അങ്ങയുടെ കാരുണ്യം എന്നിൽ പ്രകാശിക്കുന്നുവോ അത്രയും കാലം പ്രഹിത വിവിധാർത്ഥ പ്രലബിത ഇനി കംപ്ലൈന്റുകളൊന്നും പറയില്ല അപ്പൊ ഇനി പട്ടതിപ്പാളൊരു പ്രതിജ്ഞ ചെയ്തു ഇനി ഭഗവാന്റെ കാരുണ്യം തന്നിൽ ഉണ്ടാകുന്നതുവരെ നോ മോർ പിന്നെന്താ ചെയ്യാൻ പോകുന്നത് മേശ്യ ആമി ദിവസാൻ ദിവസം ഞാൻ കഴിക്കാൻ പോകുന്നു എങ്ങനെ നദിനുദി നിഷേവാരുദേ നദിനു എന്ന് പറഞ്ഞാൽ നമസ്കരിച്ചും കീർത്തിച്ചും നമസ്കരിച്ചും മനസ്സുകൊണ്ട് കീർത്തിച്ചും ബുദ്ധി നമസ്കരിച്ചും ഞാൻ ദിവസങ്ങൾ കഴിച്ചുകൊള്ളാം ഇനി യാതൊരു കംപ്ലയിന്റുമില്ല ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണം യഥാർത്ഥ ഭക്തന് യാതൊരു കംപ്ലൈന്റും ഉണ്ടാകും മനസ്സിലായിനി നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലൈന്റായിട്ടാണ് നമ്മൾ പോകുന്നത് ഭഗവാനെ അതിശരിയില്ലേ അതിശരിയില്ല കാരണം നമ്മളൊക്കെ ഉറപ്പിച്ചിരിക്കുന്നു നമ്മുടെ ഭക്തനാണ് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ആര് തരരുത് ഭഗവാൻ തരരുത് ഞാൻ ഹൃദയമൊരുക്കി പ്രാർത്ഥിച്ചിട്ട് എന്നോട് തന്നെ വേണ്ടിയിരുന്നു ഈ കളി നമ്മളിങ്ങനെ ഭക്തിയിൽ ഇങ്ങനെ സമയത്ത് കുട്ടികൾക്ക് വല്ല തലവേദനയും പനിയും വന്നു ഈ കതി എന്നോട് തന്നെ വേണമെന്ന് അപ്പൊ ഈ തരുന്നത് ആരാണ് ഗുരുവായൂരപ്പ നോക്കൂ മനുഷ്യൻ വേഗം ദൈവത്തിനെയാണ് കുറ്റം പറയുക എന്ത് കുഴപ്പമുണ്ടായിരുന്നു ഒരു തമാശ പറഞ്ഞു കേട്ടുള്ളത് ഒരാളുടെ മകള് ഒരു പയ്യന്റെ കൂടെ വിളിച്ചുകൂടി പ്രേമം എന്ന് അധിക ദിവസം വേണ്ടി വന്നതില് മൂന്ന് മാസമായപ്പോഴേക്ക് അവള് തിരിച്ചു വന്നു പ്രേമം കഴിഞ്ഞു പക്ഷെ തിരിച്ചു വന്നപ്പോഴേക്ക് അപകടായി ഗർഭിണിയായിട്ടാണ് വന്നിരിക്കുന്നത് അമ്മയാണെങ്കിൽ ഗുരുവായൂരപ്പന്റെ ഭർത്തയാണ് ഗുരുവായൂരിൽ ചെന്നിട്ട് ഗുരുവായൂരപ്പനെ നോക്കിക്കൊണ്ട് പറയാണ് ഗുരുവായൂരപ്പ ഇങ്ങനെയൊരു ചതി എന്നോട് ചെയ്യരുതായിരുന്നുവെന്ന് ഇപ്പൊ കുറ്റവാളി ആരായി നോക്കണേ അങ്ങോട്ടാൽ ഇത്തരം കേസുകളൊന്നും അറിയൂല ഒരുപാട് മനസ്സിലെത്താൻ വിചാരിക്കുക പതിനാറായിരത്തെ ഭാര്യയുള്ള എനിക്ക് ഇങ്ങനെ ഒരാളെ ചതിക്കേണ്ട വല്ല നോക്കൂ ഇപ്പൊ കുറ്റവാളിയാരായി സാധാരണ രീതിയിൽ മനുഷ്യൻ കുറ്റപ്പെടുത്തുകാരെയാണ് ഇത്തിരി ഗുരുവായൂരപ്പന്റെ ഭക്തി ഉണ്ടെങ്കിൽ എന്താ പറയാ ഗുരുവായൂരപ്പാ ഇങ്ങനെയൊരു ചതി ആവും അങ്ങോട്ട് കാണിച്ചാൽ ഇത്തരം കേസുകളൊന്നും ഇത് ഏതാ കേസ് എന്ന് പോലും അറിയില്ല ഇതാണ് സാധാരണക്കാരന്റെ ഭക്തി തനിക്ക് വിഷമം വരുമ്പോൾ ആരെ കുറ്റം പറയും ഒരു വാര്യത്തിനെ കുറ്റം പറയും അപ്പൊ പട്ടതിപ്പാട് പ്രതിജ്ഞ ചെയ്യാണ് ഇനി യാതൊരു കംപ്ലയിന്റ് നിങ്ങളൊക്കെ അങ്ങനെയായി തീരൂ ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത ഭക്തന്മാര് ഒരു കംപ്ലയിന്റും ഇല്ലാത്തൊരു ഭക്തരായി നമുക്ക് മാറാൻ നമുക്ക് സാധിക്കണം ഇപ്രകാരം പറഞ്ഞ് ഉപസമരിപ്പിച്ചു ഇനി അടുത്ത അധ്യായത്തിൽ ഒരു ഭക്തന് ഉണ്ടാകുന്ന ഗതികൾ എന്തൊക്കെയാണ് എന്ന് പട്ടതിരിപ്പാട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല കല്യതം മമ കുരുഷാവതിം കല്യദേവതുവാസനം യയാമഷ്ടവിതയോഗചര്യ പുഷ്ടയാശുതമതുഷ്ടിമാപ്നുയാം ഹേ ഭഗവാനെ ഭവതുപാസനം കല്യതേ അങ്ങയുടെ ഉപാസനം എനിക്ക് വേണ്ട വിധത്തിൽ ഉണ്ടാവാൻ താവതി കുരുഷ എനിക്കെന്ത് വേണം നല്ലൊരു ആരോഗ്യമുള്ളൊരു ശരീരത്തെ തന്നനുഗ്രഹിച്ചാലും ആശുസ്പഷ്ടം പുഷ്ടതയ അഷ്ടവിധയോഗ്യ പുഷ്ടിം ആത്മീയം എട്ട് വിധത്തിലുള്ള മാർഗത്തെക്കൊണ്ട് ഞാൻ പുഷ്ടിയുള്ള ഭക്തി ഒരു ഭക്തന് വേണ്ടുന്ന യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് പറയാണ് ആദ്യം വേണ്ടത് നേരെയാവണം എന്നുള്ളൊരു ജിജ്ഞാസ് ഭക്തന്മാർക്ക് ആദ്യം വേണ്ടത് താൻ ചെയ്യുന്നതല്ല ഭക്തി ഇനിയും തനിക്ക് കുറെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാനുണ്ട് എന്ന് മനസ്സിലാക്കി ആ മനസ്സിലാക്കാനുള്ളൊരു ജിജ്ഞാസയാണ് ഒരു ഭക്തന് വേണ്ടത് മനസ്സിലായില്ലേ ജിജ്ഞാസയില്ലാത്തവർക്ക് എന്തുണ്ടാവില്ല ഭക്തി ഉണ്ടാവില്ല അതുകൊണ്ട് ഭഗവാനെ എനിക്ക് ആരോഗ്യമുള്ളൊരു ശരീരം തന്നാലും ഞാൻ അതിലൂടെ എട്ടു മാർഗത്തിലുള്ള ഭക്തിയുടെ പടിയിലൂടെ പോയി ഉയർന്നു വന്നാൽ ഏതൊക്കെയാണത് ബ്രഹ്മചര്യ ദൃഢതാദിവിമീ ആപ്ലിനിയമൈശ്ചാവിത കുർമ്മഹേ ദൃഢമീ പങ്കജാദ്യം പങ്കജാതിൽ പങ്കജെന്ന് പറഞ്ഞാൽ താമര പങ്കജാദ്യമവി പവൽപര പങ്കജാദ്യം ഇതിൽ കൂടെ ഏതെങ്കിലും ഒരു പങ്കജാത്യത്തിലൂടെ ഞാൻ ശീലിച്ചുകൊള്ളാം പവൽപര ഭഗവാന് പരനായി മാറിക്കൊള്ളാം എന്ന് വെച്ചാൽ എന്താണ് താമര കയ്യിൽ വെച്ചോളാം എന്നാണോ അർത്ഥം അല്ല ഇവിടെ പങ്കജാതി എന്ന് പറഞ്ഞാൽ പത്മാസനം എന്നർത്ഥം ഏതെങ്കിലും ഒരു ആസനത്തിൽ ഇരുന്നു ഞാൻ എന്റെ ആചരണങ്ങൾ ആരംഭിച്ചുകൊള്ളാം എന്തൊക്കെയാണ് വേണ്ടത് ബ്രഹ്മചര്യ ദൃഢതം എന്താ വേണ്ടത് ആദ്യം ബ്രഹ്മചര്യം അതായത് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ ചരിക്കാൻ എന്റെ മനസ്സിനെ ഞാൻ പ്രാപ്തമാക്കും എന്ന് പറയുന്നതാണ് ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ അതർത്ഥം നേരത്തെ എണീക്കലിനർത്ഥം രാവിലെ എണീക്കലാണ് ഈ ബ്രഹ്മചര്യം സൂര്യോദയത്തിന് മുമ്പ് നമ്മൾ എണീറ്റിരിക്കണം ഭക്തനാണെങ്കിൽ എണീറ്റിരിക്കണം അപ്പൊ സൂര്യോദയത്തിന് ശേഷം എണീക്കുന്നവരെയൊക്കെ ഭക്തന്നെ വിളിക്കാൻ പറ്റില്ല അവരെ വിളിക്കേണ്ടത് അസുരം എന്നൊക്കെ ചില കേട്ടിട്ടില്ലേ രാക്ഷസെന്നൊക്കെ ചില വിവാഹം കേട്ടിട്ടില്ലേ അവരാണ് അപ്പൊ നമ്മൾ എപ്പോ എണീക്കണം ബ്രഹ്മചാരികൾക്ക് എണീക്കൽ പറഞ്ഞിരിക്കുന്നത് സൂര്യോദയത്തിനും നമ്മൾ എണീക്കിരിക്കണം ഇത് പാർക്കുള്ള നിർദ്ദേശമാണ് നോർമൽ മനുഷ്യരുള്ള നിർദ്ദേശമാണ് മനസ്സിലായില്ലേ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആളോട് ബ്രഹ്മചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിടിക്കും ഇത് ഒരാളെ ഡോക്ടറെ എടുത്ത് നിന്നിട്ട് പറഞ്ഞു ഡോക്ടറെ ഭയങ്കര വേദന കാലിനോ മുട്ടിനൊക്കെ ഭയങ്കര വേദന ഡോക്ടർ പറഞ്ഞു ഇത് മാറാനൊക്കെ വഴിയുള്ളൂ നാല് കിലോമീറ്റർ ദിവസം നടക്കണം ഇത് കേട്ടപ്പോ ഇയാളുടെ കണ്ണെന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി ഡോക്ടറെ ചെന്ന് പറ്റിയിരുന്നു അയാൾ പറയുന്നത് ഡോക്ടറെ ഞാനൊരു പോസ്റ്റ്മാനാണ് പന്ത്രണ്ട് കിലോമീറ്റർ ദിവസം നടക്കുന്നുണ്ട് എന്ന് അത് അയാളോടാണ് ഇനിയൊരു പത്ത് കിലോമീറ്റർ നടക്കാൻ പറഞ്ഞത് ഇതുപോലെ രാത്രി ഓവർനൈറ്റ് ജോലി ചെയ്യുന്ന ഒരാളോട് ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ പറഞ്ഞാൽ ഇത് കാരണം രാത്രി പന്ത്രണ്ട് മണി വരെ ഒരു മണി വരെ വർക്ക് ചെയ്തിട്ടുണ്ട് എപ്പോഴും എണീക്കുകയുള്ളു അപ്പൊ അങ്ങനെയുള്ള നോർമൽ പേഴ്സൺ അല്ല അബ്നോർമൽ പേഴ്സണോടല്ല പറയുന്നത് നമ്മൾ പറയുന്നത് നോർമൽ പേഴ്സൺ അതായത് നോർമൽ പേഴ്സൺ അവർ അബ്നോർമൽ അല്ലാത്തേ അങ്ങനെ അർത്ഥം പറഞ്ഞാൽ അവരിന്ന് മെന്റലാക്കരുത് നിങ്ങൾ എന്നുവെച്ചാൽ സാധാരണ രീതിയിലല്ല അവരുടെ ജീവിതം സാധാരണ രീതിയിൽ ജീവിക്കുന്ന ഒരാള് രാത്രി പത്ത് പത്രയാപ്പോഴേക്കും കടന്നുടങ്ങുന്ന ആളുകള് അല്ലെങ്കിൽ ലാസ്റ്റ് സീരിയലും കണ്ട് കിടന്നുറങ്ങുന്ന ആളുകള് അവർക്ക് എത്ര മണിക്ക് എണീക്കണം സൂര്യോദയത്തിന് മുമ്പ് എണീക്കണം അത് എത്ര മണിക്കാൻ നിങ്ങൾ നിശ്ചയിച്ചോളൂ മൂന്ന് മണിക്കോ രണ്ട് മണിക്കോ അവർ കുറക്കേണ്ടാവില്ല അവരെ എണിക്കാതിരിക്കാ നല്ലത് അല്ലെങ്കിൽ കിടക്കാതിരിക്കുക നല്ലത് അപ്പൊ നേരത്തെ എണീറ്റ് അതിലും വിദ്വാമാരുണ്ട് കാരണം ശാസ്ത്രം പറഞ്ഞിരിക്കുന്നു സൂര്യോദയത്തിന് മുമ്പ് എണീക്കണമെന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കണമെന്ന് അവരോ ബ്രഹ്മ എണീറ്റ് ബാത്റൂമിൽ പോയി വീണ്ടും സമാധി സ്ഥസ്യ കേസവ അവര് അവരെ നോർമൽ പേഴ്സൺ ആയിട്ട് കണക്കാക്കിയിട്ടില്ല അതർത്ഥം അവർക്ക് ബ്രഹ്മമുഹൂർത്തല്ലേ ബ്രഹ്മമൂത്രയുള്ളൂ അവര് അതിലാണ് അവർ നിൽക്കുന്നത് അവരെ കുറ്റം പറഞ്ഞിട്ട് കഴിയില്ല കാരണം അവരതിൽ ഉറച്ചുവെച്ചിരിക്കണത് മനസ്സ് അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചല്ല നമുക്ക് പറയാറുള്ളത് എന്റെ മനസ്സിനെ കുറച്ചുനേരം ഈശ്വര വിചാരത്തിലേക്ക് ഉറപ്പിക്കണം എന്ന് വിചാരിക്കുന്നവര് ബ്രഹ്മചര്യ ദൃഢം അത് ദൃഢമായിട്ടെടുക്കണം യമൈ ആപ്ലവാദി നിയമിച്ച ഭാവിത യമനിയമങ്ങൾ ഫോളോ ചെയ്യണം യമെന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് സ്വസ്ഥമായിട്ടിരുന്ന് എല്ലാ ചിന്തകളെയും വിട്ടുകൊണ്ട് കുടുംബകാര്യങ്ങളൊക്കെ മറക്കണം ആ സമയം മൊബൈൽ ഫോൺ കയ്യിൽ വെച്ച് നോക്കരുത് എത്ര മെസ്കോള് വന്നിട്ടുണ്ട് ഇന്നാണെങ്കിൽ കുട്ടിയെക്കാളും ആളുകൾക്ക് പ്രിയമാണ് ഏത് കുട്ടികളുടെ വിചാരം പോലും ഹൃദയത്തിൽ ഉണ്ടാവില്ല എന്ന് ഹൃദയത്തിൽ എപ്പോഴും നടക്കുന്ന സാധനമാണ് രണ്ടും കേടുവരുത്തും കുട്ടിയുടെ വിചാരം ടെൻഷൻ ഉണ്ടാക്കും ഇതാണെങ്കിൽ ഹാർട്ട് കേടുവരുത്തും റേഡിയേഷൻ ഉള്ളത് രണ്ട് അപകടമാണ് ആ സാധനമൊക്കെ മാറ്റിവെച്ച് ക്രോസ് നേരത്തേക്ക് എല്ലാ ചിന്തകളും വിട്ട് ഇന്ന് രാവിലെ ദോശയാകോ ഇഡ്ലിയാവോ ഭാര്യ വിശ്വസിക്കാൻ പറ്റിയ മൂന്ന് ദിവസം ആവു ബാക്കിയുണ്ട് ഈ ചിന്തയിൽ രാവിലെ തന്നെ ധ്യാനിക്കാതിരുന്നാൽ ആളുടെ കയ്യിൽ ഭഗവാന്റെ ശങ്കരചക്രതല്ല ആൾക്ക് ഓർമ്മ അയാളെ ശങ്കര കാണുന്നത് അല്ല ദോശ ഇഡ്ഡലിക്ക് ഇരിക്കേണ്ട കഥ അപ്പൊ അങ്ങനെയുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നത് രാവിലെ തന്നെ ഭക്ഷണത്തിന്റെ കാര്യം വേറെ ചില ആളുകളുണ്ട് അവര് രാവിലെ തന്നെ ാണ് എണീറ്റ് വരുന്നതേ പട്ടിയെ കണ്ടുകൊണ്ടാണ് ഇനി ഇതിനെയും പിടിച്ചുകൊണ്ട് വേണം അവർക്ക് ത്രിലോകം മുഴുവൻ സഞ്ചരിക്കാൻ അങ്ങനെ അങ്ങനെയുള്ളൊരു കൂട്ടരുണ്ട് അവരെക്കുറിച്ചൊന്നും ഇവിടെ പറയാനില്ല കാരണം അവർക്ക് രാവിലെ തന്നെ ശാന്താകാരം പുരഗസേനം പത്മനാഭം സുരേശം അവർക്ക് പത്മനാഭം സുനേശം പത്മനാഭനായി അവർ കാണുന്നത് പട്ടിയാണ് അവരെക്കുറിച്ച് ഇവിടെ പറയാനില്ല ഇവിടെ സാധാരണ ഒരു ഭക്തനെക്കുറിച്ച് പറയാനാണ് അവര് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ യമ നിയമങ്ങൾ ചെയ്തുകൊണ്ട് യമനിയമം എന്ന് പറഞ്ഞാൽ കൈയും കാലും മുഖമൊക്കെ കഴുകി യമെന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തുക നിയമം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് യമം യമനം ചെയ്യേണ്ടത് തടയേണ്ടത് നിയമം ചെയ്യേണ്ടത് ഒന്ന് ചെയ്യാൻ അനുവദിക്കരുത് മറ്റൊന്ന് ചെയ്യണം ഏതാ ചെയ്യാൻ അനുവദിക്കാത്തത് കുടുംബപരമായ കാര്യങ്ങളൊന്നും മനസ്സിനെ ചിന്തിക്കാൻ അനു അതിന് യമെന്ന് പറയും ദൈവീകമായ കാര്യങ്ങളെ ചിന്തിക്കുന്നതിന് നിയമം എന്ന് പറയും ഇപ്രകാരം ആളുകൾ നോക്കി ഇതൊക്കെ എന്തിനാ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ചടങ്ങല്ല എന്ന് പറയുക അവിടെയൊക്കെ വീട്ടിലുള്ള ഒരു കുഴപ്പമെന്നു വെച്ചാൽ ആളുകളെന്നൊക്കെ ചെയ്ത് ചെയ്ത് ചടങ്ങാക്കി മതി അതുകൊണ്ട് പണ്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ വിഷം സാസ്വാമൊക്കെ ചൊല്ലും വിഷം വിഷം അടൽക്കാരോ ഭൂതഭവ്യോ ഭവൽപ്രഭു ഭൂതഗത് ഭൂതപദ്ഭാവോ എന്റെ ചായയിൽ കുറച്ചും കൂടി മനസ്സിലാണ്ടുട്ടോന്ന് അവിടെ ചിന്ത മുഴുവൻ അടുക്കളയിലെ അങ്ങനെയുള്ള ചിന്തകളുള്ള ആൾക്കാർക്ക് ഇത് പ്രയോജനം ചെയ്യില്ല കാരണം ഒരു നാമം ചൊല്ലുമ്പോഴും അവർ ചായ വിചാരങ്ങളും മറ്റുള്ള ചിന്തകളൊക്കെ നടക്കും ഭക്തിയും മറുവശത്ത് കുടുംബകാര്യങ്ങളും ഇത് സമ്മതിക്കരുത് എത്ര അതെന്നെല്ലാം മനസ്സിനെ മാറ്റി നിർത്തി കുറച്ചു നേരത്തേക്ക് സിയമം എന്നെ ദൃഢമമീ സുഖാസനം ഒരു സുഖാസനത്തിൽ ഇരുന്നു കൊണ്ട് പങ്കാദ്യം ഏതെങ്കിലും ഒരു ആസനത്തിലിരുന്നുകൊണ്ട് ദൃഢമായിട്ട് നോക്കുന്നതൊക്കെ പറയണെന്തിനാണ് നാമം ജപിക്കുമ്പോൾ കാലാട്ടിക്കൊണ്ട് നാമം ജീവിക്കരുത് സോഫയിലിരുന്നിട്ട് കാലു ആട്ടിക്കൊണ്ട് ആയിരുന്ന ആയിരുന്ന രായാണ് ചില മുത്തശ്ശിമാരെ കണ്ടല്ലോ നാമം ജപിക്കണോ കാലൊക്കെ നീക്കി കാലക്കൊഴിഞ്ഞ് ഹരേ രാമ ഹരേ രാമ ഇതൊരു ഈസി ഏർപ്പാടല്ലാന്ന് പറയണം ടൈം പാസ് അല്ല എന്ന് പറയണം ഇതെല്ലാം സിൻസിയറായി ചെയ്യണം എന്തിനാണ് നമ്മൾ ശരീരം ഇളകരുതെന്ന് പറയാൻ കാരണം അപ്പോഴേ നമ്മുടെ മനസ്സ് ശരീരബോധത്തിൽ നിന്നും മെഡിറ്റേഷനൊക്കെ കണ്ടില്ലേ നിങ്ങൾ കണ്ണടച്ച് ഒരു ഭാഗത്തും ഇണ്ടാതിരിക്കണം എന്ന് പറഞ്ഞാൽ തന്നെ ചിലർക്ക് പേടിയാണ് വല്ലതും സംഭവിച്ചാലോ സ്വാമി എന്ന് ഒരാളിങ്ങനെ ധ്യാനത്തിലിരിക്കുക എല്ലാവരും ധ്യാനത്തിലിരിക്കണ സമയത്ത് ഇയാളിങ്ങനെ ഒറ്റ കണ്ണിട്ടുണ്ടാ നോക്കുന്നത് വിദേശത്തുള്ള ചിന്തനായി ഒറ്റക്കണ്ണ് തുറന്ന് ധ്യാനിക്കണത് തല പിടുത്ത ഇതെല്ലാവരും ഇങ്ങനെ കണ്ണടച്ചിരുന്ന വല്ലൊരു മൊബൈലും കൊണ്ട് പോയി കഴിഞ്ഞാൽ ആരാ നോക്കുക അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് ഒരു ഭാഗത്ത് കണ്ണടയ്ക്കുമ്പോഴും ശ്രദ്ധ വരുന്നത് ഈ കുന്നത്തിന്റെ മുകളിലാണ് ഇനി അങ്ങനെയുള്ള വിദ്രോമാനുണ്ട് അത് മുറുകെ പിടിച്ചിട്ട് ഹരേ രാമ ഹരേ രാമരാമ ഹരേ ഹരേ പിടിച്ചിട്ട് അപ്പൊ നമ്മളെ ശ്രദ്ധയെ ഡൈവേർട്ട് ചെയ്യാൻ ഇത്യാദി സാധനങ്ങൾക്കെല്ലാം സാധിക്കും അതുകൊണ്ട് പണ്ടുള്ളവരുണ്ടല്ലോ അമ്പലത്തിൽ പോകുമ്പോ ഒന്നും കൊണ്ടുപോകരുത് ഈ ഷത്തെടരുത് എന്നൊക്കെ പറയാൻ കാരണം എന്താണ് ഭാഗ്യമായ ചിന്തകളൊക്കെ മാറാൻ വേണ്ടി ഇത് അമ്പത് പോകാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ നാമജപിക്കാൻ പറ്റുമോ കൈ എവിടെ വെക്കേണ്ടി കഴുത്തിൽ വെച്ചൊരു നാമം ലഭിക്കേണ്ടി വരും കാരണം അവിടുന്ന് അനൗൺസ്മെന്റ് ഒരു പത്ത് ജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എന്ന് പറയുമ്പോഴേക്കും ഗുരുവായൂരപ്പനെയല്ല പിന്നെ കാണുന്നത് പിന്നെ എല്ലാവരെയും സംശയാണ് യാതൊന്നു കാണുന്നത് കള്ളമാരാണ് തിരിച്ചു നോക്കുന്നത് പത്ത് കള്ളന്മാരാണ് ചിലപ്പോൾ സ്വന്തം അച്ഛനുനോമിയോ കുറവ് എന്നാലും കള്ളമാരെ പോലെ നോക്കുക അങ്ങനെ ആരാ കഴുത്ത് പിടിക്കുക ഇങ്ങനെ ഒരു സംസ്കാരം നമുക്ക് ക്രമേണ ക്രമേണ നഷ്ടപ്പെട്ടു അതുകൊണ്ട് നമ്മളൊക്കെ സിൻസിയർ ഭക്തന്മാരായിത്തീരണം ഒരു ഭാഗത്ത് നിവർന്നിരുന്നു കൊണ്ട് കഴിയുന്നതും സാധനങ്ങളൊന്നും കയ്യിൽ വയ്ക്കാതെ ചിന്തകൾ പോകാൻ അനുവദിക്കാതെ എന്ത് ചെയ്യണം മനസ്സിനെ ആലേക്കിത്തിരിക്കണം ഇതിനെയാണ് ദൃഢനിശ്ചയം എന്ന് പറയുന്നത് ബ്രഹ്മചര്യ എന്ന് പറയുന്നത് അല്ലാതെ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാതിരിക്കുക നിങ്ങൾ രാവിലെ എണീറ്റ് കയ്യും കാലുമുഖവും കുളിക്കണം എന്ന് ബാംഗ്ലൂരൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ കൂടുതലല്ലേ കുളിക്കണമെന്നൊന്നുമില്ല കയ്യും കാലും മുഖവും കഴുകി ഒരു ഭാഗത്തിരുന്ന് ചിന്തിക്കണം എന്തിനെക്കുറിച്ച് ഇഡ്ഡലിയും സാമ്പാറും ഒന്നല്ല രാവിലെ തന്നെ ഇനി എന്താ ഡക്കെട്ടത്തുന്നല്ല ഒരു ഭാഗത്തിരുന്ന് ഭഗവാന്റെ സൂര്യ സ്പർദ്ധിഗിരീതമൃഗതിലകം അത് മനസ്സിലായി എന്നിട്ടോ ഇനി അടുത്തത് ഭഗവാന്റെ മനസ്സ് രൂപം ധ്യാനിക്കുന്നതിന് മുമ്പ് ചില ചെയ്യാറുണ്ട് ആദ്യം ഒരു ഭാഗത്തിരുന്നു ഇനി എന്താ വേണ്ടത് താരമന്തരനു ചിന്തി ണവായുമപിയമ്യനമന ഇന്ദ്രിയാതൃദി ആസ്മഹേതു വാസനോന്മുക്ക ആസ്മഹേ അങ്ങനെയാണ് അത് മുറിക്കേണ്ടത് സംസ്കൃതത്തിൽ അങ്ങനെയൊക്കെ ചില ഗുണങ്ങളുണ്ട് ചിലയിടത്തൊക്കെ നമ്മൾ മുറിക്കേണ്ടതുണ്ട് എന്താർത്ഥം താരം അന്ത സന്തതം അനുചിന്യ താരം എന്ന് പറഞ്ഞാൽ പ്രണവമന്ത്രത്തെയാണ് താരമന്ത്രം എന്ന് പറയാ താരകമന്ത്രം എന്നൊക്കെ പറയാം അതായത് ഒരു ഭാഗത്തിരുന്നാൽ അടുത്തത് നമ്മൾ പ്രാണായാമം ചെയ്തുകൊണ്ട് ഓങ്കാരം ചൊല്ലിക്കൊള്ളണം ഇങ്ങനെ ഈ പ്രാണായാമം ചൊല്ലുന്നത് ചെല്ലുന്നത് അല്ല ചെയ്യുന്നത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ രാത്രി നമ്മൾ കിടന്നുടങ്ങുമ്പോ നമ്മുടെ ശരീരത്തിൽ ഊർജം ഉത്പാദിപ്പിക്കപ്പെടും അപ്പൊ നമ്മുടെ ശരീരം പുറമേ നമ്മൾ അഴുക്കാവുന്നത് പോലെ ഉള്ളിലും എന്തുണ്ടാവണം അഴുക്കുണ്ടാവണം നമ്മൾ രാവിലെ കുളിക്കുന്ന ശുദ്ധീകരിക്കാനാണെങ്കിൽ നമ്മുടെ ഉള്ളിലും ചില അഴുക്കുകളുണ്ട് ഈ അഴുക്കുകൾ കപമായി പിത്തമായി അടിഞ്ഞുകൂടുന്നതിനെയാണ് എന്താ പറയാ ഉള്ളിലഴുക്ക് വാ എന്താണ് ആയുർവേദ ശാസ്ത്രം പറയും മൂന്ന് ദോഷങ്ങളാണ് രോഗങ്ങൾ ഉണ്ടാക്കുന്നത് ഏതൊക്കെയാണ് വാദം പിത്തം കപം ഇത് ശരീരത്തിൽ അടിഞ്ഞുകൂടും ഇതിനെ നമ്മുടെ ശരീരത്തിൽ നിന്നും എടുത്തു കളയാൻ എളുപ്പം ഉപകരിക്കുന്ന ഒരു സാധനമാണ് ഏത് പ്രാണായാമം നമ്മുടെ സിസ്റ്റങ്ങളൊക്കെ ഉണ്ടല്ലോ വളരെ ജീവസ്വച്ഛതാക്കാൻ കുറച്ചുനേരം ഒരു ഭാഗത്തുനിന്ന് എന്തഭ്യസിക്കണം പ്രാണായാമം നിങ്ങൾ കണ്ടിട്ടോ പൂജയ്ക്ക് മുമ്പ് അല്ലേ പൂജാരി ഇങ്ങനെ വലിക്കുന്നത് കണ്ടോ എന്താ ഇങ്ങനെ വലിക്കുന്നത് ശ്വാസത്തെ വലിച്ച് തന്റെ മനസ്സിനെയും മറ്റും സുസ്തങ്ങളെയൊക്കെ ഒന്ന് അങ്ങനെ നമ്മൾ കുറച്ചുനേരം പ്രാണായാമം അതിപ്പോൾ മൂക്ക് പിടിക്കണം കാല് പിടിക്കണം എന്നൊന്നുമില്ല ദീർഘമായി ശ്വാസം എടുക്കുക പിന്നീട് ഉള്ളിലുള്ള ശ്വാസത്തെ പുറത്തേക്ക് അതിൽ നാല് പടികളുണ്ട് എന്ന് പറയും എന്തൊക്കെയാണ് ഒന്ന് ഉള്ളിലേക്ക് കൊണ്ടുവരിക ഉള്ളിൽ കുറച്ചുനേരം പിടിച്ചു നിർത്തുക ഉള്ളിലുള്ളതിനെ പുറത്തേക്ക് കളയുക പിന്നെ ഒട്ടും ശ്വാസമെടുക്കാതിരിക്കുക പൂരകം കുംഭകം രേചകം എന്നുള്ള വാക്കുകളെ കൊണ്ടൊക്കെയാണ് സൂചിപ്പിച്ചിരിക്കുക പൂരകം എന്ന് പറഞ്ഞാൽ അർത്ഥം പൂരിപ്പിക്കുക കുംഭകം എന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്തുക രേചകം എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാതിരിക്കുക പിന്നെ ഉള്ളിൽ കുറച്ചുനേരം ശ്വാസം ഇല്ലാതിരിക്കുക ഇങ്ങനെ നമ്മുടെ സിസ്റ്റത്തെ നമ്മൾ പ്രവർത്തിക്കുമ്പോ നമ്മുടെ ലങ്സിന്റെ പവർ കൂടുന്നു ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ശക്തി തരുന്നത് ലങ്സ് ആണ് ശക്തി തരുന്നത് മനസ്സിന് നമ്മുടെ ശരീരത്തിന് ശക്തി തരുന്ന സാധനം ലങ്സ് ലങ്സ് വീക്കായി കഴിഞ്ഞാൽ നിങ്ങൾ ശക്തി കുറഞ്ഞു അപ്പൊ പ്രായം കൂടുന്തോറും പലർക്കും ശക്തി കുറയാൻ കാരണം അവരുടെ ലങ്സ് വീക്ക് വീക്കായിട്ട് വരും മനസ്സിലാവുന്നുണ്ടല്ലോ പ്രാണായാമം ചെയ്യും തോറും ലങ്സിന് പവർ കൂടും ശക്തി തരുന്നത് ലങ്സാണ് അറിവ് തരുന്നത് ബുദ്ധിയാണ് ഇത് രണ്ടും സമന്വയിപ്പിക്കുമ്പോഴാണ് ശാന്തി എന്ന് പറയുന്ന സാധനം നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത് അപ്പൊ മനസ്സിനെ ഒരു ഭാഗത്ത് പിടിച്ചു നിർത്തണമെങ്കിൽ അറിവും വേണം എന്ത് വേണം ശക്തിയും വേണം കൂടെയുണ്ടെന്ന അറിവും എന്റെ ശരീരത്തിന് അത് ഉൾക്കൊള്ളാനുള്ള ഒരു ശക്തി ആ ബോധവും തളരാത്തൊരു മനസ്സിനെ നമുക്ക് നേടിത്തരുന്നറിയാം അപ്പൊ നമുക്ക് ബുദ്ധിയും വേണം ശരീരവും അതുകൊണ്ടാണ് പ്രാണായാമത്തിന് ഇത്രയധികം പ്രാധാന്യം നമ്മുടെ ആചാര്യന്മാർ കൽപ്പിച്ചിരിക്കുന്നത് ഇനി രണ്ടാമത്തെ പടിയോ പ്രാണായാമം ചെയ്യാൻ മറ്റൊരു മാർഗമുണ്ട് അത് ഓം എന്നുള്ള ഓങ്കാരമന്ത്രം നീട്ടി ജപിച്ചുകൊണ്ടാണ് അപ്പൊ ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് പോയി പിന്നെ വായു എടുത്ത് വീണ്ടും നമ്മൾ പതിനൊന്ന് വട്ടമൊക്കെ ഓങ്കാരമന്ത്രം ചൊല്ലുന്നത് നമ്മുടെ ഉള്ളിലെ സിസ്റ്റങ്ങളെയൊക്കെ നമുക്ക് പ്യൂരിപ്പിക്കാൻ സാധിക്കും ശ്രീ ഓങ്കാര മന്ത്രത്തിനൊരു ബുദ്ധിമുട്ടെന്താ വെച്ചാൽ നിങ്ങൾ നാലുമണിക്ക് എണീറ്റ് ബാക്കിയുള്ളവരൊക്കെ കടന്നുറങ്ങുന്ന സമയത്ത് രാവിലെ തന്നെ നിങ്ങൾ ഓങ്കാരമന്ത്രം ചൊല്ലിയാൽ പിന്നെന്താ സംഭവിക്കുക എന്ന് നമുക്കറിയാലോ പ്രത്യേകിച്ച് ചെറിയ വീടും അവിടെയാണെങ്കിൽ ചെറിയ ചെറിയ മുറികളും അതിന്റെ തൊട്ടടുത്തിരുന്നു ഉറങ്ങുന്ന ആളുടെ അടുത്തിരുന്നിട്ട് ഓ എന്ന് പറഞ്ഞാൽ പിന്നെ അധികം ഓ എന്ന് പറയേണ്ടി വരില്ല അവിടെ അവരവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്തെ മക്കളൊക്കെ അങ്ങനത്തെ കുട്ടികളാണ് വലിയ കോളേജിൽ പഠിക്കുന്ന മക്കളൊക്കെ ഉള്ള സ്ഥലത്ത് ഓങ്കാരം വന്നാലും ചൊല്ലിയിട്ട് അവര് അച്ഛനെ വേഗം മുക്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാൻ ഇടവരുത്തരുത് അമ്മയ്ക്ക് വേഗം മുക്തി കൊടുക്കണേന്ന് അപ്പൊ അതുകൊണ്ട് അപകടം ഒന്നും ഉണ്ട് അക്കണ്ട ഒരു ഭാഗത്ത് സൈലന്റായിട്ട് പ്രാണായാമം ചെയ്യുക അത് പിന്നെ കുഴപ്പമില്ല മനസ്സിലായില്ലേ ചില ആളുകൾ ഇതിന്റെയൊക്കെ എക്സ്ട്രീമിലേക്ക് പോയി കളയും കാരണം അവർക്ക് ഭക്തി പറയുന്നത് മറ്റുള്ളവരുടെ വാശി തീർക്കാൻ പോലുള്ള അപ്പൊ കുട്ടികളൊക്കെ രാവിലെ ആണെങ്കിൽ ഓം ഭൂതൂത് ഗദ്ഭൂതഗദ്ഭാവഭൂതാത്മ എണീറ്റ് വരാത്ത ദേഷ്യം തീർക്കുകയാണേ അപ്പൊ അങ്ങനെ നമ്മൾ നാമം ചൊല്ലിട്ടോ ചെയ്തു കാര്യമില്ല ഇതെല്ലാം നമ്മൾ ഒരു നോർമലായിട്ട് കൊണ്ടുനടക്കണം ഒന്നും അതിനെ എക്സ്ട്രീമിലേക്ക് പോവാൻ ശാന്തനായി ശാന്തമുബാസീത ഒരാളെയും ഡിസ്റ്റേബ് ചെയ്യേണ്ട ഭക്തി ആരെയും ഡിസ്റ്റേബ് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല ഉണ്ടോ ഓരോ ഭാഗത്തിൽ ശാന്തമായിട്ട് പൂജാമറി ഉള്ളവരാണെങ്കിൽ പൂജാമറി പൂജാമറിയില്ലാത്തവരാണെങ്കിൽ അടുക്കളയിലോ ബാത്റൂമിൽ എന്തായാലും വേണ്ട മനസ്സിലായില്ലേ അവിടെ ഇരുന്ന് ഓങ്കാരമന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ അത് ആകെ അപകടമായി തീരും അപ്പൊ അതുകൊണ്ട് ഓരോ വീട്ടുകാരുടെയും സൌകര്യത്തിനനുസരിച്ച് എവിടെയെങ്കിലും ഒരു ഭാഗത്തിരുന്ന് അല്പനേരം എന്ത് വേണം ഇനി ചില ആളുകൾക്കുണ്ടല്ലോ ഒന്നിനൊരു സമയം നിന്ന് പ്രാർത്ഥിക്കുന്നവരൊക്കെയാണ് അതൊക്കെ മാറ്റൂ നിങ്ങൾ ഒരു ഭാഗത്ത് ഇരുന്ന് സ്വസ്ഥമായി കുറച്ചു നേരം പ്രാണായാമം ചെയ്ത് അതൊക്കെ ഓങ്കാരം മക്കളൊക്കെ ഉറങ്ങുകയാണെങ്കിൽ അരനിശ്ചേവയാണ് അപ്പൊ അതൊക്കെ ഓഹാരം ഭഗവാൻ പറഞ്ഞില്ല എന്താണ് എൺപത്തഞ്ച് ഡിഗ്രി വോളിയത്തിൽ വേണം ഓങ്കാരം എന്ന് ഈ പള്ളിയിൽ വാങ്ങുകൊടുക്കുന്ന പോലെ നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിച്ചിട്ട് വേണ്ട എന്ത് ഓ നല്ല അതിനുള്ള അവനവന്റെ സൗകര്യങ്ങൾക്കനുസരിച്ച് എന്നിട്ടോ ഇന്ദ്രിയുന്മുഖ എന്താ പ്രധാനം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ എല്ലാ വിഷയങ്ങളെയും വിട്ട് ചിന്തകളെയും വിട്ട് ഭഗവത് വിചാരത്തിലേക്ക് തയ്യാറായിട്ട് വരണം ഇനി അടുത്തതോ അങ്ങനെ പ്രാണായാമം ചെയ്ത് മനസ്സ് ശുദ്ധമായി ഇനിയോ അസ്ഫുടേ ബഹുഷിതേ പ്രയത്നദോ ദാനയേ മതിഷണാ മുഹുർമുഹു തേനഭക്തിരസമന്ദ്രദാർദ്രതാം ചിന്തകാം വ്യായാമം ചെയ്തു ഓങ്കാരമന്ത്രം ചൊല്ലി മനസ്സ് ശാന്തമായി ഇനി ആ മനസ്സിലേക്ക് എന്ത് വരണം പ്രയത്നത മുഹു മുഹു വിഷണാം ധാരയമ ഭഗവാന്റെ സൂര്യസ്പർധി കിരീടമാരിയ്ക്കുന്ന ആ രൂപത്തെ ഇനി എവിടെ കാണണം മനസ്സിൽ കണ്ടുകൊണ്ട് ഭവതങ്ക്രി ചിന്തക ക്രമേണ ക്രമേണ ചിന്ത എവിടേക്ക് കൊണ്ടുവരണം അങ്കരി അങ്കരിന്ന് പറഞ്ഞാൽ പാദങ്ങളെ കാണണം അതിലേക്ക് മനസ്സിനെ കൊണ്ടുവന്ന് മനസ്സിനെ ആർദ്രതം അതിലേക്ക് പ്രേപ്പിച്ചാലും അങ്ങനെ നമ്മുടെ മനസ്സിൽ ഭഗവാനെ കണ്ടുകൊണ്ട് ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരുക്കി ഒരുകി ഒരുക്കി ഭഗവാന്റെ പാദത്തിലേക്ക് ചേരണം അപ്പൊ നമ്മുടെ മുന്നിൽ ഇനി ആര് മാത്രമേ ഉള്ളൂ ഭഗവാൻ മാത്രമേ അങ്ങനെയൊരു അനുഭൂതിയിൽ നമ്മൾ ഇരിക്കാൻ പഠിക്കണം എന്ന് പറയുന്നത് എന്നിട്ടോ വിസ്ഫുടാവേദസുന്ദരം അശ്രമം മനസി ചിന്തയാ മഹിഷേ ധ്യാനോ നിരതാശ്രയാ താശ്രയ അങ്ങെ ആശ്രയിച്ചുകൊണ്ട് ധ്യാനോഗനിരത ഇപ്രകാരം രൂപത്തെ ധ്യാനയോഗം ചെയ്ത് സ്വീകരിക്കണം ക്രമേണ തുടക്കത്തിൽ മുഴുവൻ രൂപവും നിങ്ങൾക്ക് തെളിഞ്ഞു വരിക ഗുരുവായൂരപ്പെന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ആദ്യം ഗുരുവായൂരപ്പനെ കാണും പിന്നെ പോലെ അഡ്വർടൈസ്മെന്റും കാണും മനസ്സിന്റെ പ്രത്യേകത അങ്ങനെയാണ് അത് ഏകീഭവിക്കില്ല അതുകൊണ്ട് വിസ്ഫുടാവയവഭേതം ഭഗവാന്റെ ഏതെങ്കിലും അവയവങ്ങളെ കണ്ടുകൊണ്ട് കുഞ്ചിരിക്കുന്ന ചുണ്ട് മാത്രം കണ്ടുകൊണ്ട് അത് കുറച്ചു നേരം നോക്കി കണ്ണുകൾ മാത്രം കണ്ടുകൊണ്ട് കിരീടം മാത്രം കണ്ടുകൊണ്ട് നെറ്റിത്തടൻ മാത്രം കണ്ടുകൊണ്ട് വനമാല മാത്രം കണ്ടുകൊണ്ട് ശങ്കുലക്രകഥാപത്മം കണ്ടുകൊണ്ട് ഇങ്ങനെ ക്രമേണ ക്രമേണ കുറേ നേരം ഒരു കാര്യം തന്നെ കണ്ടുകണ്ട് കണ്ടുകണ്ട് മനസ്സിനെ അതിൽ ഉറപ്പിച്ചു കൊണ്ടുവന്ന് അശ്രമം മനസ്സിൽ കുറെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയത്നമില്ലാതെ തന്നെ ആരെ കാണാൻ പറ്റും ഭഗവാനെ കാണാൻ പറ്റും ഒരു പരിശ്രമവും നമ്മൾ മൊബൈൽ കൊണ്ട് നടക്കുന്നില്ലേ ത്രീശയിൽ നമ്മൾ മൊബൈൽ തപ്പോഴുമ്പോഴേക്കും മനസ്സവിടെയാണ് പോണത് ഒരു ശബ്ദം കേൾക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സ് പറയണോ മൊബൈലിലാണ് അല്ലേ ഇത്ര നമ്മുടെ മനസ്സ് എത്ര മാത്രം മൊബൈൽ ഫോണുമായിട്ട് ഏകീഭവിച്ചിട്ടുണ്ട് അതേപോലെ നമ്മുടെ മനസ്സ് ആരുമായിട്ട് ഏകീഭവിക്കണം ഉള്ളിലിരിക്കുന്ന ഭഗവാനുമായിട്ട് ആ ഒരു അവസ്ഥ വരുന്നു എന്നിട്ടോ ധ്യായം സകളമൂർത്തിന്മിഷന് മധുരാഹൃതാത്മാനം സാന്ദ്രമോസരൂപമന്തരം ബ്രഹ്മരൂപമിദേവവാസദേ പ്രകാരം ഈ ദൃശ്യം സകളമൂർത്തിയും ധ്യായതാം ആരാണോ ഭഗവാന്റെ മൂർത്തിയെ ഇപ്രകാരം ക്രമേണ ക്രമേണ ധ്യാനിച്ച് കാണുന്നത് ഉള്ളിൽ കാണുന്നത് ഉന്മിഷൻ മധുരഹൃതാത്മന ആ ഭക്തിയിലുള്ള മാധുര്യം കൊണ്ട് ബാക്കിയുള്ള ചിന്തകളിൽ നിന്നെല്ലാം മനസ്സ് വിമുക്തമായിക്കൊണ്ട് തേ സാന്ദ്രമോദര സംബ്രഹ്മൂപം അവർക്ക് സാന്ദ്രമായി സാന്ദ്രാനന്ദബോധമായിരിക്കുന്ന ബ്രഹ്മരൂപത്തെ അവമാസത്തെ അവർക്ക് പ്രകാശിച്ചു കിട്ടുന്നുവരാണ് ഒരു രൂപത്തിൽ തന്നെ മനസ്സിനേകീഭവിച്ച് മുന്നോട്ടു പോയി വ്യക്തമായ മനസ്സ് അറിവോടെ നമ്മൾ മുന്നോട്ടു പോയാൽ ഒരു ദിവസം ആരെ കാണാം ഭഗവാന്റെ ബ്രഹ്മരൂപത്തെ നമുക്ക് സ്പഷ്ടമായി അനുഭവിച്ചറിയാൻ സാധിക്കും എന്ന് പട്ടതിപ്പാട് പറയുന്നത് അങ്ങനെ അഭ്യസിക്കുന്നതിനിടയിൽ വിശ്വനായക തൽ സമാസ്വാദന രൂപിണിം സ്ഥിതി ഇപ്രകാരം ഭഗവാന്റെ രൂപത്തെ ധ്യാനിച്ച് ഉറപ്പിച്ച് തൽ സമാധിം ആശ്രിത കണ്ണടയ്ക്കുമ്പോഴേക്കും ആര് വരണം ഭഗവാൻ മനസ്സിൽ തെളിഞ്ഞു വരണം ഇങ്ങനെ ചെയ്യുന്നതിനിടയിൽ ഭരിച്ചുതോ വീണ്ടും അതിൽ നിന്ന് വീണു പോവാം സാഹചര്യം നമ്മളെപ്പോഴും ചെയ്യാൻ സമ്മതിച്ചു എന്നില്ല അങ്ങനെ നമ്മൾ വീണുപോയാൽ വീണ്ടും എന്ത് ചെയ്യണം പുനധാരണാധികം വീണ്ടും ആദ്യം മുതൽ ആരംഭിക്കണം ഒരിക്കൽ നിങ്ങൾക്ക് മുടങ്ങി എന്ന് വെച്ചിട്ട് നമ്മൾ വീണ്ടും ചെയ്യാതിരിക്കരുത് ചില സാഹചര്യങ്ങൾ നമ്മളെ ചെയ്യാൻ അനുവദിച്ചു സപ്പോസ് നിങ്ങളുടെ വീട്ടിൽ കുറെ ഗസ്റ്റ് വന്നു കല്യാണത്തിന് വേണ്ടിയിട്ട് ധ്യാനിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക് അവരോട് പറയാൻ പറ്റുമോ നിങ്ങൾ ആരും വീട്ടിൽ കിടക്കുന്ന എനിക്ക് രാവിലെ എണീറ്റ് ആ ധ്യാനം ഉണ്ടെന്ന് സാധിക്കില്ല ചിലപ്പോഴൊക്കെ നമ്മൾ ധ്യാനമൊക്കെ മാറ്റിവെക്കല് അങ്ങനെ മാറ്റിവെച്ചാൽ വീണ്ടും എന്ത് ചെയ്യണം തുടങ്ങണം നിർത്തിപ്പോ വരുത് പറയാം അയ്യോ പോയത് ഇനിയിപ്പം എന്താണ് കഷ്ടം പോയത് ഇനി തുടങ്ങണ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത് വീണ്ടും പുന വീണ്ടും ആവർത്തിച്ച് തുടങ്ങണം ഇങ്ങനെ ആവർത്തിച്ച് ആരായിത്തീരണം ഇത്തരുസൽ തോൽപ്പരാത്മസുഖ കൽപ്പിതോത്സവ മുക്തഭക്തകുലമൗലിതം ഗതാ സഞ്ചരേമരദാദിവൽ സഞ്ചരേമ ഞാൻ സഞ്ചരിച്ചുകൊള്ളാം ആരെപ്പോലെ ശുഖനാരദാദിവൽ ശുഗബ്രഹ്മഷയെപ്പോലെ നാരദമാഷയെപ്പോലെ സഞ്ചരിച്ചുകൊള്ളാം എപ്രകാരം ആയിക്കഴിഞ്ഞാൽ ഇത്തം ഇപ്രകാരം അഭ്യസന നിർഭരവല്ലത്തൽ നിരന്തരമായ അഭ്യാസത്തിലൂടെ ത്വൽ പരാത്മസുഖകൽപിതോത്സവ അങ്ങേടെ ആ മനോഹരമായിരിക്കുന്ന രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് അതിൽ തന്റെ മനസ്സിനെ നിമഗ്നമാക്കിക്കൊണ്ട് ഞാൻ ക്രമേണ മുക്തഭക്തകുലമോലിതാം മുക്തന്മാരായി തീർന്ന ഭക്തന്മാരുടെ കുലത്തിൽ ഞാനും അംഗമായിക്കൊള്ളാം ചില ആളുകളുണ്ടല്ലോ ഓരോ ക്ലബില് മെമ്പർഷിപ്പ് എടുക്കണോ അലയൻസ് ക്ലബ് റോട്ടറി ക്ലബിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കണോ പട്ടിതിരിപ്പാട് പറയുന്നത് ഞാനും ഒരു ക്ലബില് മെമ്പർഷിപ്പ് എടുക്കുകയാണ് ഏത് ക്ലബില് മുക്തന്മാരായിരിക്കുന്ന ആളുകളുടെ ക്ലബില് ഓ ഏതിൽ നിന്ന് മുക്തര് വേറെ ചിലതിൽ മുക്തി കൈവരിക്കുന്നവര് സന്ധ്യക്ക് മുക്തി കൈവരിക്കുന്നവരാളുകളുണ്ട് സത്യദാനന്ദിലേക്ക് ആവാഹിച്ചുകൊണ്ട് സച്ചുദാനത്തിൽ നിമഗ്നരായിക്കൊണ്ട് എവിടെ കണ്ടാലും ഒരുപോലെ അനുഭവങ്ങളെ കാണുന്ന നൃത്തം വെച്ചുകൊണ്ട് നടക്കുകയും തോന്നുന്നതെല്ലാം പാട്ടുപോലെ പാടുകയും ചെയ്ത് വീട്ടിലേക്ക് യാതൊരുവിധ ബന്ധനങ്ങളും ബന്ധങ്ങളും ഇല്ലാതെ കടന്നു ചില മുക്ത മോലികളുണ്ട് അവിടെ ക്ലബിലെ മെമ്പറാവുന്ന കുറെ ആളുകളുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരെക്കാണ് ലോകത്ത് ഇപ്പൊ ഇവിടെ മട്ടതിരിപ്പാട് പറയുന്നു ഞാൻ ഏത് ക്ലബിലാണ് ഭഗവാന്റെ നാമസങ്കീർത്തനത്തിലൂടെ ഭഗവാന്റെ രൂപസ്മരണത്തിലൂടെ മനസ്സിലെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും മുക്തരാക്കിയ സുഖധാരദാദികളെ പോലുള്ളവരുടെ കൂട്ടത്തിൽ ഞാനും ഒരാളായി തീരാം നിങ്ങൾ അഭ്യസ്താം തത്സമാധി വിജയിത്രിയ പുനർ മംക്ഷു മോക്ഷര ശിഖക്രമേണ യോഗവശ്യമനിലം ഷടാശ്രയ ഉന്നയത്യജ സുഷുഭ്നയാശനൈ ഭക്തന്മാർ ക്രമേണ ക്രമേണ അവരുടെ മനസ്സ് മുക്തരായി മുക്തരായി മുക്തരായി ബുദ്ധിയിലേക്ക് വിടുന്നു ബുദ്ധിമുട്ടിലാണല്ലോ മനസ്സ് വികാരങ്ങളിൽ നിൽക്കുമ്പോൾ താഴെ നിൽക്കുന്നുണ്ട് അപ്പൊ പ്രാണവായുവിനെക്കൊണ്ട് ശുദ്ധീകരിച്ച് മനസ്സിനെ നാമസങ്കീർത്തനത്തിലൂടെ കാമവിചാരങ്ങളുടെ ചക്രത്തിൽ നിന്നും എവിടേക്ക് എത്തിക്കണോ മൂർത്താവിനെത്തിക്കണു അപ്പൊ അതിന് ചില പടികളുണ്ട് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരം അനാഹരം തുടങ്ങിയിട്ടുള്ള വഴികളിലൂടെ മനസ്സ് ഉയർന്നുയർന്നു വരും അവസാനം മനസ്സ് എവിടെ എത്തും സുഷുബ്നയാ സുഷുബ്നയിലെത്തിച്ചേരും സുഷുബ്ന എന്ന് പറഞ്ഞാൽ മൂർധാവിൽ എത്തിച്ചേരും നർത്തം അപ്രകാരം എത്തിക്കഴിഞ്ഞാൽ ലിങ്കദേഹമിസന്ധ്യെന്നതോ ലീയേ തൊയ് പരേ നിരാഗ്രഹലോകുഗീത്തൂർദ്ധതമേവ പ്രകാരം ആയോഗി യോഗി മുന്നോട്ട് പോകുന്ന സമയത്ത് എങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നാമസ്മരണം ചെയ്ത് മുന്നോട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അയാൾ സുഷപ്നയിൽ എത്തിച്ചേരുന്ന സമയത്ത് അയാൾ ലിംഗദേഹം സന്ധിരൻ ലിംഗദേഹം എന്ന് പറഞ്ഞാൽ ഭഗവാനെ സ്മരിക്കുന്ന ഒരു സംസ്കാരം എവിടെയുണ്ടുപ്പോ പൂർണമായി ഭഗവാനിൽ മനസ്സ് മുഴിപ്പിക്കാൻ അയാളുടെ മനസ്സ് സാധിക്കുന്ന ഒരു സംസ്കാരം നേടാൻ സാധിച്ചു ആ സംസ്കാരത്തോടുകൂടി ലിംഗദേഹം ലിംഗദേഹം എന്ന് പറഞ്ഞാൽ ഭഗവൽ നാമസ്മരണത്തിന്റെ ശരീരത്തിനെയാണ് ലിംഗം ഈ ലിംഗദേഹത്തെക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു പരേ തൊയ്ലീയത പരമമായ അങ്ങയിൽ ലീനം ചെയ്യുന്നു എന്നാൽ ഊർജ്ജലോക കുതികീ തുമൂർത്തത കരണീസാർദ്ധം ഏ വന്നിരിക്കേ എന്നാൽ ഏതൊരു വ്യക്തിക്കാണോ ഭഗവാനെ മുമ്പ് താൻ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളുടെയൊക്കെ പുണ്യം അനുഭവിക്കണമെന്നൊരു തോന്നൽ വരുന്നത് അയാള് ഊർദ്ധലോക കുതികയാണ് പുണ്യം ഊർജ്ജലോകത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു കരണയെ നിരീയത് സാർദ്ധമേവ കരണയത് അവർക്ക് പത്തേന്ദ്രിയങ്ങളിലും അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന സമയത്തുള്ള സംസ്കാരാദികൾ അവരുടെ മനസ്സിലുണ്ടാവും ഭഗവത് വിചാരാദികൾക്കനുസരിച്ചിട്ടുള്ള ചിന്തകളുടെ മനസ്സിൽ വരുമ്പോ നേരത്തെ എല്ലാ ചിന്തകളിൽ നിന്നും മുക്തമായ മനസ്സ് ഇപ്പോൾ ഈശ്വരവചനത്തിൽ ഉണ്ടെങ്കിലും പൂർണമായി പ്രാപ്തമാവാതെ കുറെ നയന്റി അങ്ങ് എത്തി മനസ്സ് ഈ ശരീരം വിട്ടുകൊണ്ട് ചില യാത്രകൾ ചെയ്യുമെന്ന് നാരായണീയത്തിൽ പെട്ടതിരിപ്പാട് പറയുക ഇപ്പൊ നമ്മൾ കഴിഞ്ഞാലും നമ്മുടെ ഗതി നിൽക്കുന്നില്ല ഇനിയും എന്തുണ്ട് ഈ മനസ്സിന് ഗതിയുണ്ട് എന്നാൽ ചില ആളുകൾക്ക് പൂർണമായ ഈശ്വരസ്മരണം സാധിക്കുന്ന ആളുകൾക്ക് ഇനി വേറൊരു ഗതി ആവശ്യമില്ല എന്നാൽ ഊർജ്ജലോക കൊതികി ഊർജ്ജലോക കൊതികി എന്ന് പറഞ്ഞാൽ യഥാർത്ഥം ഇനിയും ഇരുപതാമത്തെ നിലയിൽ ഫ്ളാറ്റ് എടുക്കണമെന്നൊരു മോഹം ഊർജ്ജലോകം എന്നുവച്ചാൽ ഇപ്പൊ ഗ്രൌണ്ട് ഫ്ലോറിലാണ് ഫ്ളാറ്റ് ഇനി ഫ്ളാറ്റ് എടുക്കുകയാണെങ്കിൽ എന്തെച്ചാൽ ഇനിയും എനിക്ക് നല്ലൊരു ജീവിതം ആഗ്രഹമുണ്ട് ഇങ്ങനെയെന്ന് ആവരുത് ജീവിതം കുട്ടിക്കാലത്തെ അടിപൊളിയിട്ട് ജീവിക്കണം എന്നൊക്കെ മോഹമുള്ള ആളുകൾ എന്ത് ചെയ്യണോ ലോക പുതുക്കി ഇവിടുന്ന് പോയതിനു ശേഷം പല ലോകങ്ങളിലേക്ക് പോകുന്നു ഇവിടേക്കാണ് പോകേണ്ടത് അഗ്നിവാസരക്ഷണു ഗീതയിൽ കുറച്ചെങ്കിൽ ഗീതാപരിചയം വേണം ലൌകിക ചിന്തയോടുകൂടി മരിച്ചുപോകുന്നൊരു വ്യക്തി അയാൾ പോകുന്നത് ധൂമത്തിന്റെ മാർഗത്തിലൂടെയായിരിക്കും ധൂമം പുക എന്നാൽ കുറെ ഈശ്വരീയമായ സ്മരണം ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു വ്യക്തി അയാളുടെ മനസ്സിൽ നയന്റി നയൻ പെർസെന്റേജും ഭഗവത് സംസ്കാരമാണെങ്കിൽ അയാൾ അഗ്നിമാർഗത്തിൽ പോകും അഗ്നി മാർഗം എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിന്റെ മാർഗം വെളിച്ചം എന്ന് പറഞ്ഞാൽ അറിവിന്റെ മാർഗം മറ്റത് ധൂമെന്ന് പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ അയാൾക്ക് വ്യക്തത ഇല്ല അതർത്ഥം അയാൾക്ക് ലൌകിക ജീവിതം തന്നെയാണ് ജീവിതം അങ്ങനെയുള്ള ആളുകൾ ശേഷ വക്തഹനോഷമാതേ ശേഷം എന്ന് അനന്തശായിരിക്കുന്ന ഭഗവാന്റെ ഉള്ളിൽ നിന്നും വരുന്ന അനന്തമായ ചൂടുകൊണ്ട് അയാൾ എന്ത് ചെയ്തു ഭഗവത് ഉപാശ്രയ ആശ്രയസ്ത വേദസ്പദം ബ്രഹ്മാവിന്റെ പദം എത്തിച്ചേരുന്നു ഇതെല്ലാം നിങ്ങളൊരു ചെവി കൊണ്ട് കേട്ട് മറ്റേ ചെവിയോട് കളയണം കാരണം ഇങ്ങനെയൊന്നും പറഞ്ഞാൽ നമുക്ക് അർത്ഥാവില്ല മരിച്ചിട്ട് ശേഷന്റെ വായിൽ നിന്ന് വരുന്ന അഗ്നി കൊണ്ട് ബ്രഹ്മാവിന്റെ പദത്തിലേക്ക് പോകണോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരന് പെട്ടെന്ന് അത് പറ്റില്ല എന്തോ സംഭവിക്കുന്നത് എന്തൊക്കെയോ ഇനി സംഭവിക്കുന്നല്ലേ അപ്പൊ ഇതിനൊക്കെ പിന്നിൽ ആധ്യാത്മിക തത്വങ്ങൾ അത് നമുക്ക് പിന്നീട് നോക്കാം ഏതായാലും അയാള് വേദസ്പദം വേദസം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ പദത്തിൽ എത്തിച്ചേരുന്നു അവിടെ എത്തിയിട്ടു ആസ്തിയ ശേഷ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു രണ്ട് മാർഗ്ഗങ്ങള് അഗ്നി മാർഗ്ഗത്തിലൂടെ പോകുന്ന ആള് ശേഷന്റെ ആദിശേഷന്റെ ഉള്ളിൽ വരുന്ന വരുന്ന അഗ്നിയുടെ ചൂടേറ്റ് അവിടെ നിന്നും വേദസ പദം വേദസാന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ പദത്തിൽ എത്തിച്ചേരുന്നു ഇനി ബ്രഹ്മാവ് അയാൾക്ക് ചെയ്യാ കൊടുക്ക നൂഡിൽസ് കൊടുക്കോ അങ്ങോട്ട് വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് വന്നതല്ലേ അതുകൊണ്ട് അദ്ദേഹം എന്താ അവിടെ കൊടുക്കുന്നത് അദ്ദേഹം അവിടുന്ന് തവ പദേവസന് പ്രഗത പ്രളയേതി മുക്ത സ്വച്ഛയാ ്രഹ്മാവിന്റെ അടുത്ത് നിന്ന് വസിച്ചിട്ട് പ്രാകൃത പ്രളയെ ഇതെല്ലാം പ്രളയത്തിലേക്ക് പോകുന്ന സമയത്ത് മുക്തതാ നീതി അയാൾ മുക്തനായിത്തീരുന്നു അല്ലെങ്കിലോജസ ജഗദണ്ഡം സംവിവദ്യ തന്റെ യോഗശക്തി കൊണ്ട് തന്നെ ജഗദണ്ഡം വേർപ്പെടുത്തിക്കൊണ്ട് അയാൾ മുക്തനായിത്തീരുന്നു എന്ന് വെച്ചാൽ എന്താർത്ഥം ഒരിക്കൽ അയാൾ പൂർണമായി എവിടെ എത്തിച്ചേരും ഭഗവാനിൽ എത്തിച്ചേരും അപ്പൊ അങ്ങനെ ഭഗവാനിൽ എത്തിച്ചേരാൻ വേണ്ടിട്ട് അയാള് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുന്നു ഇതിനെപ്പറീ ക്രമമുക്തി എന്ന് പറയും ഒറ്റയടിക്ക് വിടുന്ന മുക്തിയായില്ല രണ്ടുതരം മുക്തികളുണ്ട് സദ്യോമുക്തി പടി സദ്യോമുക്തി എന്ന് പറഞ്ഞാൽ സദ്യ കഴിക്കുമ്പോ ഒരു മുക്തി അതാണോ അല്ല സദ്യോമുക്തി എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോ തന്നെ കിട്ടുന്ന മുക്തിയുടെ പേരാണ് സദ്യോമുക്തി ക്രമമുക്തി പടി ക്രമമുക്തി എന്ന് പറഞ്ഞാൽ എൽ കെ ജി കഴിഞ്ഞ് യു കെ ജി യു കെ കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റാർഡ് ഫസ്റ്റ് സ്റ്റാൻഡർ കഴിഞ്ഞ ടു സെക്കൻഡ് സ്റ്റാൻഡർഡ് ഇങ്ങനെ ക്രമത്തിൽ കിട്ടുന്ന മുക്തിയാണ് ഏത് ക്രമമുക്തി എന്നിട്ട് എന്ത് ചെയ്യുന്നു തസ്ഹോ നിലൽമഹൽ പ്രകൃതി സപ്തകൃതി ഇപ്രകാരം ഭഗവാനെ ചിരി പയോമഹോ നിരൽ വ്യോമഹ പ്രകൃതി സപ്തഹാവൃതി ആകാശം വായു ഭൂമി ജലം പൃഥിവി തുടങ്ങിയിട്ടുള്ള ഏഴ് ആവരണങ്ങളെ നീക്കിക്കൊണ്ട് അയാള് തത്തകാത്മകതയ വിശൻ സുഖി ആ തത്വത്തിലേക്ക് മനസ്സിനെ ലയിപ്പിച്ച് അത് സുഖമായിത്തീരുന്നു അങ്ങനെയുള്ള അനാമൃതം വിഭവം എനിക്ക് കാണിച്ചു എന്ന് ഭഗവാനോട് അപേക്ഷിക്കുകയാണ് ഇനി അവസാനത്തെ ശ്ലോകം പറയുന്നു ആഗതിമീ ദൃശ്യ വിച്ചിരിം നരദേജകച്ചിരാത്മക ഗുണോദയാമനിലേശാഹിമാകാരം ഹേ ഭഗവാ ഇങ്ങനെ ക്രമേണ ക്രമേണ അഗ്നിയുടെ മാർഗത്തിലൂടെ പോയി അദ്ദേഹം ക്രമേണ അങ്ങയെ തന്നെ പ്രാപിക്കുന്നു ഈ ജീവാത്മാവിന് പിന്നീട് വിച്ഛുതിന്ന ഒരിക്കലും അവിടുന്ന് ചുതി സംഭവിക്കുന്നതില്ല കാരണം ഭഗവത് ഗുണോദയാൽ ഉച്ചരന്തം അങ്ങയുടെ നാമസങ്കീർത്തനങ്ങൾ ചൊല്ലി അത്രമാത്രം മനസ്സ് എങ്ങോട്ട് ഉയർന്നിരിക്കുന്നു ഭഗവാനോട് ഉയർന്നിരിക്കുന്നു അതുകൊണ്ട് അവസാനം അത് ഭഗവാനെ പ്രാപിച്ച് പിന്നീട് ഭഗവാനും അവരും ഒന്നായിത്തീരും എന്ന് പറഞ്ഞോടൊപ്പം സമീപിച്ചു ഇങ്ങനെ നാല് ദശകം ഒന്നാമത്തെ ദശകം സ്വരൂപവർണ്ണന രണ്ടാമത്തെ ദശകം രൂപവർണ്ണന മൂന്നാമത്തെ ദശകം ശ്രേഷ്ഠനായ ഭക്തനെക്കുറിച്ച് പറയുന്നു നാലാമത്തത് ഇനി അതിലേക്ക് കടക്കാൻ വേണ്ടി നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടായിട്ടുള്ളത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സൃഷ്ടിയെക്കുറിച്ച് വിസ്തരിച്ച് പറയാണ് आत्मोननात्रेस्थि अत्रेकस्वशिष्यता किल परानंद प्रकाशात्मना ഈ ഒരു ദശകം മുതൽ ഇവിടുന്ന് അങ്ങോട്ട് സൃഷ്ടിയെക്കുറിച്ച് പറയുകയാണ് ഇവിടുന്ന് ലേശം ഒരു നമുക്ക് മനസ്സിലാക്കാൻ ഒത്തിരി പ്രയാസം വരും കാരണം പലരും ആധ്യാത്മികതയുടെ തത്വങ്ങളെ സൂക്ഷ്മമായി മനസ്സിലാക്കാതെ വരുന്നവരാണ് കുറച്ചൊരു നിങ്ങൾക്ക് സത്സംഗ ഈ വേദാന്ത സംസ്കാരം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ പറയുന്നത് വേഗം പിടികെട്ടും പറയാണ് പട്ടൊരു പാട് പറയുന്നു പ്രാഗ് പ്രാകൃതപ്രക്ഷയെ പണ്ട് പ്രാഗ് പ്രാകൃതപ്രക്ഷയെ പ്രകൃതി പ്രളയം ഉണ്ടാകുന്നതിന് മുമ്പ് പ്രകൃതി എന്ന് പറഞ്ഞാൽ അർത്ഥം രണ്ട് തട്ടിലാണ് പ്രകൃതിയിരിക്കുന്നത് ഒന്നാമത്തതിനെ സൂക്ഷ്മ പ്രകൃതി എന്ന് പറയും രണ്ടാമത്തതിനെ സ്ഥൂലപ്രകൃതി നിങ്ങളുടെ ഈ ശരീരം അത് ആധ്യാത്മിക ദൃഷ്ടിയില് സ്ഥൂലപ്രകൃതിയാണ് അത് വികസിച്ച് വന്നിരിക്കുന്നത് സൂക്ഷ്മപ്രകൃതി എന്താ സൂക്ഷ്മപ്രകൃതി സൂക്ഷ്മപ്രകൃതി നമ്മുടെ മനസ്സാണ് അത് മനസ്സിലാക്കാൻ ലേശം ഒന്ന് ചിന്തിക്കണം ഈ ശരീരം വളർന്ന് വികസിച്ചതെല്ലാം കാരണം ആരാണ് മനസ്സാണ് നിങ്ങളുടെ മനസ്സ് എങ്ങനെ ഇരിക്കുമോ അങ്ങനെ ഇരിക്കും നിങ്ങളുടെ ശരീരം നിങ്ങൾ ഉണരുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ഈ ശരീരം പ്രവൃത്തികളൊക്കെ നിശ്ചയിക്കുന്നത് ആരാണ് നമ്മുടെ മനസ്സ മനസ്സിലാവുന്നതും അറിയാം മനസ്സ് ഉറക്കത്തിലാണെങ്കിൽ ശരീരത്തെക്കൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യ ഈ ശരീരം എന്ത് ചെയ്യണമെങ്കിലും ആര് പ്രവർത്തിക്കണം മനസ്സ് അപ്പൊ അത് സൂക്ഷ്മ ശരീരം സ്ഥൂല അതിനെല്ലാം മുമ്പ് പ്രാക് ഇതിനെല്ലാം മുമ്പ് മായായം ഗുണസാമ്യരുദ്ധ വികൃതോ ആയയാണെങ്കിൽ എങ്ങനെയിരുന്നു സാമ്യാവസ്ഥയിലിരുന്നു എന്ന് വെച്ചാൽ എപ്പോ നമ്മുടെ മനസ്സ് രജോ ഗുണത്തിലേക്ക് വരുന്നു ഒരു ചിന്ത വരണമെങ്കിൽ രജോഗുണം വരണം ആ രജോഗുണം വരുമ്പോഴാണ് ശരീരം ഉയർത്തെഴുന്നേൽക്കുന്നത് ശരീരത്തിന് ഉണർത്തെഴുന്നേൽക്കാനുള്ള വികാരം മനസ്സിലില്ലാത്തോടത്തോളം കാലം മനസ്സ് ഏതാവസ്ഥയിലാണ് സാമ്യാവസ്ഥ രണ്ട് സമയത്ത് മനസ്സിന് ശരീരത്തിന് പ്രവൃത്തിയില്ല ഒന്ന് നിങ്ങൾ സത്വഗുണത്തിൽ ഒന്നും ചിന്തിക്കാതിരിക്കുമ്പോൾ മനസ്സരീരത്തിന് പ്രവർത്തിക്കുക രണ്ടാമത്തെ നിങ്ങൾ ഗാഠനിദ്രയിൽ ഇരിക്കുമ്പോഴും ആകെ പ്രവർത്തിയില്ല ശരീരത്തിന് പ്രവർത്തിയില്ല കാരണം യാതൊരു ചിന്തകളൊന്നുമില്ല രണ്ട് സമയത്ത് ചിന്തകൾ നിൽക്കും ഒന്ന് പൂർണ്ണമായ സത്വഗുണം വരുമ്പോൾ രണ്ട് പൂർണ്ണമായ തമോ വരുമ്പോൾ തമോ വരുമ്പോൾ ഉറക്കത്തിലും സത്വഗുണം വരുമ്പോൾ ധ്യാനത്തിലും അങ്ങനെയാണ് അതിന്റെ പ്രക്രിയ ഇത് കുറച്ച് നിങ്ങൾക്ക് ഒരു പരിചയം വേണം ഞാനിത് മനസ്സിലാവുള്ളൂ ഈ പറയുന്നത് ഏതായാലും തരീം മനസ്സിലാക്കിവെക്കൂ പൊയ്യാഗതായം ലയം ഈ മനസ്സ് എവിടെ ലയിച്ചിരിക്കുന്നു അങ്ങേയും ലയിച്ചിരിക്കുന്നു നോ മൃത്യു മരണമില്ല മരണം എന്ന് പറയുന്ന അപ്പോഴില്ല കാരണം മനസ്സുണ്ടെങ്കിലേ എന്തുള്ളൂ മരണചിന്ത ഉള്ളൂ മനസ്സില്ലെങ്കിൽ എന്തില്ല മരണചിന്തയില്ല ഉറക്കത്തിൽ നിങ്ങളുടെ നേരെ ഒരാൾ ആയുധം കാണിച്ചു നിങ്ങൾക്ക് ഭരണഭയുണ്ടോ കാരണം നിങ്ങളുടെ മുന്നിൽ അങ്ങനെ കത്തി കാണിച്ച് നിങ്ങൾ അറിയുന്നില്ല മനസ്സില്ല അതുപോലെ തന്നെ ഇനി കത്തി കാണിച്ചു നിങ്ങളുടെ നേരെ ഡോക്ടർ എപ്പോ ഫുൾ സ്പീച്ച് ചെയ്ത് തന്നിട്ട് അപ്പൊ നിങ്ങളുടെ നേരെ കത്തി കാണിച്ചാലും നിങ്ങൾക്ക് യാതൊരു പേടിയില്ല മരണത്തിന് കാരണം നിങ്ങൾക്ക് ബോധമില്ല അപ്പൊ ബോധമുണ്ടെങ്കിലേ നമുക്ക് പേടിയുള്ളൂ കത്തി കാണിച്ച് നമ്മളെ കീറിയാലും നമുക്ക് പ്രശ്നമില്ല ബോധത്തോടു കൂടി കീറരുത് അപ്പൊ നമ്മൾ കള്ളന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരോട് എന്ത് പറയണം ഉപദ്രവിച്ചോളൂ പക്ഷെ എന്നെ ബോധം കെടുത്തിയിട്ടേ ചെയ്യാവുന്നു കാരണം ബോധമുണ്ടെങ്കിൽ എനിക്ക് പേടി വരുന്നുണ്ട് ഇങ്ങനെ മനസ്സ് ഉണ്ടെങ്കിൽ മൃത്യു എല്ലാമുണ്ട് ഇവിടെ പറയുന്നു കഥാ അമൃതംശ സമവും ആത്മോന രാത്രി സ്ത്രീ രാത്രി ഇല്ല ഇല്ല എന്നാൽ എന്തവശേഷിക്കുന്നു പരാനന്ദപ്രകാശാത്മന ആരവശേഷിക്കുന്നു ഭഗവാൻ മാത്രം അവശേഷിക്കും ഇതെല്ലാം എവിടുന്നായിരിക്കണം വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് പറയാണ് ഞാനിത് വ്യക്തമാക്കി പറയാം നിങ്ങളോട് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു കാലകർമ്മുണം വിശ്വഞ്ചകാര്യം വിഭോലാരരിമേ ത്വതീലതാഷാം നൈവതത്വമൈഭോ ശക്യാത്മനാതിഷ്ഠതാ നോ ചേം ഗസൂന സദശാ ഭൂയോപവിഭവാ എല്ലാം ലയിച്ചിരുന്നു എങ്കിലും ഏതൊക്കെയാ ലയിച്ചിരുന്നത് കാലം കർമ്മം ഈ കാലവും കർമ്മവും ഒക്കെ വരുന്നത് മനസ്സുണരുമ്പോഴാണ് മനസ്സില്ലെങ്കിൽ കാലവുമില്ല കർമ്മവുമില്ല മനസ്സിലാവൂ നമ്മുടെ മനസ്സിൽ ചിന്തകളില്ലെങ്കിൽ നിങ്ങൾക്ക് കാലബോധമില്ല ഉണ്ടോ നിങ്ങൾ എണീറ്റ് വരുമ്പോഴേ നിങ്ങൾക്ക് എന്ത് ബോധമുള്ളൂ കാലബോധമുള്ളൂ അതുപോലെ ശരീരത്തിന്റെ പ്രവൃത്തിയും ഉണ്ടാവണമെങ്കിൽ മനസ്സിൽ വേണം ചിന്തകൾ വേണം ഉണരണം ഇത് നിങ്ങൾ ശ്രദ്ധിക്കും മനസ് ഉണർന്നാലേ നമുക്ക് വ്യവഹാരമുള്ളൂ ശരീരമല്ല വ്യവഹരിക്കുന്നത് വ്യവഹരിക്കുന്നതല്ല മനസ്സാണ് അത് മനസ്സിലാക്കാൻ പ്രയാസമല്ല ഈ മനസ്സില്ലെങ്കിൽ കാലവുമില്ല കാമവുമില്ല കർമ്മവുമില്ല കാലം കാമം കർമ്മം ഇത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കും ഒരു ആൺകുട്ടി ആ കുട്ടിയിൽ അച്ഛനാവണം എന്നുള്ള ഒരു കാര്യം കാലം കൊണ്ടാണ് ആയിത്തീരുന്നത് അല്ലെ കാലം കൊണ്ട് ശരീരത്തിൽ ചില മാറ്റങ്ങൾ വരും അപ്പൊ ചില വികാരങ്ങൾ മനസ്സിലുദിക്കും കാമത്തിലേക്ക് തിരിയും കാമം പിന്നീടൊരു കർമ്മമായി തീരും കർമ്മത്തിൽ നിന്നാണ് ബീജോത്പാദനവും പിന്നീട് അതിൽ നിന്നാണ് പുത്രോൽപാദനമൊക്കെ വരുന്നത് ഇതുപോലെ നമ്മൾ പ്രകൃതിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം കാലം കാമം കർമ്മം വയലെല്ലാം കാലം പാകമാക്കി വെച്ചു മഴ കാലം ഭാഗമായാൽ നമ്മൾക്ക് കാമം വന്ന് വിത്തിടണമെന്ന് പിന്നെ നമ്മൾ കർമ്മം ചെയ്യുന്നു അതിൽ നിന്ന് ചെടിവരും ഇതുപോലെ സകല ജീവജാലങ്ങളെയും സ്വാധീനിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് കാലം കാമം കർമ്മം ഇതെല്ലാം എപ്പോഴാണുള്ളത് മനസ്സുണരുമ്പോഴേ ഉള്ളൂ മനസ്സുണരാത്തോടത്തോളം കാലം കാലവുമില്ല കാമവുമില്ല കർമ്മവും ഇതെല്ലാം ഇല്ലെങ്കിലും ുണർന്നില്ലെങ്കിലും ഇല്ലാതെ പറയാൻ പറ്റില്ല ഇതെല്ലാം അന്തർലീനമായി പിപ്പിന്റെ രൂപത്തിൽ ഒന്നുചിരിക്കുന്നു പറയാണ് നിർലീനതാ എല്ലാം ലയിച്ചിരിക്കുകയാണ് ഒരു എട്ടുകാലിയുടെ മുട്ട നോക്കിക്കഴിഞ്ഞാൽ അനേകം എട്ടുകാലി കുട്ടികൾ അതിലുണ്ടാവും കണ്ടിട്ടു നിങ്ങൾ എട്ടുകാലിയുടെ വലിയ മുട്ട പൊട്ടിക്കഴിഞ്ഞാൽ അതിന്ന് ലക്ഷക്കണക്കിന് എട്ടുകാലി കുട്ടികൾ പുറത്തു വരും നമ്മൾ പുറമേന്ന് നോക്കുമ്പോൾ ഒരു മുട്ട മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ അത് പൊട്ടിക്കഴിയുമ്പോഴാണ് അനവധി എട്ടുകാരികൾ പുറത്തു വരുന്നത് ഇതുപോലെ ഇതെല്ലാം സൂക്ഷ്മമായി വിത്ത് ഉള്ളിൽ നിൽക്കുന്നു ഏതെല്ലാം കാലം കാമം കർമ്മം ഇത് നശിച്ചു പോയിരുന്നുവെങ്കിൽ ഗഗനപ്രസൂത സദശാം പക്ഷെ പറയാണ് ആകാശപുഷ്പമുണ്ട് പറയുന്നത് പോലെയാണ് ആകാശത്തിൽ പുഷ്പം ഉണ്ടാവുമോ അതുപോലെ പിന്നെ ഇതൊക്കെ എവിടുന്ന് വന്നു പിന്നെ എല്ലാം വീണ്ടും എവിടെ നിന്ന് വന്നു അപ്പൊ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ഉള്ളിൽ വ്യത്യസ്ത സംസ്കാരങ്ങളുണ്ടല്ലോ ചിലർ രാവിലെ എണീറ്റ് പട്ടിയെ പിടിച്ചു പോകണോ ചില രാവിലെ എണീറ്റ് പൂജാമുറിയിൽ പോകണോ ചില രാവിലെ എണീറ്റ് കാലും കയ്യും പൊക്കുന്ന യോഗ ചെയ്യുന്നു ചിലർ രാവിലെ എണീറ്റ് ചായ കുടിക്കണോ ചില രാവിലെ എണീറ്റ് ന്യൂസ് നോക്കണോ ചില രാവിലെ തന്നെ ടിവിയുടെ മുന്നിൽ ഇരിക്കണോ രാവിലെ എണീറ്റ് വീണ്ടും ഇതൊക്കെ എവിടെ വന്നു ഈ സംസ്കാരം എല്ലാവരും ഒരുപോലെയാവാത്തത് എന്തുകൊണ്ടാണ് കാരണം ഓരോരുത്തരുടെയും ഉള്ളിലുള്ള സംസ്കാരം അവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ട് അത് ഉണർന്നു വന്നാൽ വീണ്ടും അവരാ സംസ്കാരത്തിനനുസരിച്ച് പ്രവർത്തിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ ഒന്നും നശിക്കുന്നില്ല എന്ന് പറയുന്നത് യു കനോട്ട് ഡിസ്ട്രോ യുവർ തോട്ട്സ് യു കൻ ചേഞ്ച് യുവർ തോട്ട്സ് നിങ്ങളുടെ ചിന്തകളെ ഒന്നും നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യല്ല കുട്ടിക്കാലത്ത് നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുടെ രൂപത്തിൽ നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ചിന്തയിൽ പെട്ട് കഴിഞ്ഞാൽ അതെല്ലാം മറന്നുപോകും പക്ഷെ വീണ്ടും ഒരു സാഹചര്യം വരുമ്പം അതെല്ലാം വീണ്ടും ഓർമ്മയിൽ വരും ഒന്നും നശിച്ചിട്ടില്ല തൽക്കം എല്ലാം അതിന്റെ സ്പീഡ് രൂപത്തിൽ സൂക്ഷ്മരൂപത്തിൽ ഹാർഡ് ഡിസ്കിൽ എഴുതി വെച്ചിട്ടുണ്ട് കമ്പ്യൂട്ടറിൽ പറഞ്ഞതുപോലെ അപ്പൊ ഹാർഡ് ഡിസ്കിലെല്ലാം സൂക്ഷിച്ച് വെച്ച് മെമ്മറിയിൽ അവിടെ നിൽക്കുന്നുണ്ട് വേണ്ട സമയത്ത് നമുക്ക് എടുത്തു കംപ്ലീറ്റ് ഡിലിറ്റ് നമുക്ക് സാധ്യതയുണ്ട് ഇൻ നിങ്ങൾ മറന്നാ പോലും ഒരു ഇരുപത് വർഷം മുമ്പ് നിങ്ങളെ കൂടെ പഠിച്ച ഒരാളെ നിങ്ങൾ മറന്നാ പോലും അയാൾ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ ആ ഓർമ്മകളൊക്കെ വീണ്ടും ഉയർത്തെഴുതി വിളവല്ലേ അപ്പൊ ഇങ്ങനെ എല്ലാം ലയിച്ചിരിക്കുന്നു എന്നിട്ടോ ഏ പഞ്ചദ് പരാർ വികത്തോ ഈക്ഷംശസസാത്മക വിഭ്രണീ ത്യീശുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം മായാധക്കണു കാലശക്തിരഖിരാദൃഷ്ടം സ്വഭാവോ വിച പ്രാദുർഭൂയ ഗുണം ായക ഏവം ഹിപരാർദ്ധകാല വികത എല്ലാം അങ്ങേ ലയിച്ച് ഏതെല്ലാം കാലം കാമം കർമ്മം ഇതെല്ലാം ലയിച്ചു കിടക്കുക അങ്ങനെ ലയിച്ചു കിടക്കുന്നത് ഈക്ഷ്യ ഭഗവാന്റെ ഈക്ഷണം കൊണ്ട് സാന്നിധ്യം കൊണ്ട് അതെല്ലാം ചുക്ഷുഭേ വീണ്ടും അത് വികസിക്കാൻ തുടങ്ങി ഘരു കാലശക്തി അഖിലാദൃഷ്ടം സ്വഭാവമഭി ഉള്ളിൽ ലയിച്ചിരുന്ന കാലവും കാമവും സ്വഭാവം എല്ലാം അതെല്ലാം വീണ്ടും വികസിച്ച് സഹായക്രിയാ വിതതു അതെല്ലാം വീണ്ടും ഈ ഭുവനമായി പ്രപഞ്ചമായി പരിണമിക്കുന്നതിന് സഹായമായി തീർന്നു എന്നിട്ടോ മായാ സന്നിഹിതോ പ്രവിഷ്ടവപുഷാ സാക്ഷി ഗീതോ ഭവൻ വേദസ്തം പ്രതിബിംബിതോ വി കാദി പ്രതിബോദിത സചോദിത സ്വയം മായാസാഗലബുദ്ധിസത്വമസ യോ സോ മഹാനത്തെ ഇതിനെ മഹാനെന്ന് പറയുന്നു എന്താണ് മഹാൻ എന്ന് പറയുന്നത് അതായത് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് കാലം കർമ്മം കാമം ഇതെല്ലാം വീണ്ടും വീണ്ടും ഉണർത്തെഴുന്നേൽക്കാൻ തുടങ്ങി ആ ഉണർത്തെഴുന്നേൽക്കുന്ന സമയത്ത് ചൈതന്യം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം അതിലേക്ക് അങ്ങോട്ട് ചേർന്നു ആ ചേർന്ന ജീവൻ അല്ലെങ്കിൽ ചൈതന്യം അത് കാലത്തിനും കാമത്തിനും കർമ്മത്തിനും അടിമപ്പെട്ടുപോയി ഒരു വശത്തെ ചൈതന്യം അതിലേക്ക് ചേർന്നു എന്നാൽ ചൈതന്യത്തിന്റെ ഒരു ഭാഗം അതിലേക്ക് ചേരാറ് നിന്നു സാക്ഷിയായിട്ട് നിന്നു ഇതിനെല്ലാം സാക്ഷി രണ്ട് ചൈതന്യം വന്നു ഏതെല്ലാം രാവിലെ നമ്മൾ പറഞ്ഞല്ലോ ചൈതന്യം രണ്ടായിട്ട് മാറുന്നത് കാല കാമ കർമ്മത്തിനടിമപ്പെട്ട ചൈതന്യത്തെ ജീവാത്മാവെന്നും ഇതിനെല്ലാം സാക്ഷിയായിട്ട് നിൽക്കുന്ന ചൈതന്യത്തെ പരമാത്മാവിനും രണ്ടെണ്ണം നമ്മൾ എളുപ്പം മനസ്സിലാക്കാൻ അപ്പൊ നമ്മൾ ഒരു വിളക്ക് എത്തിക്കുന്നു റാന്തൽ നിങ്ങൾ കണ്ടല്ലേ പഴയ പാനീസ് റാന്തൽ എന്നൊക്കെ പറയുന്ന സാധനം അതിൽ നിങ്ങൾ വിളക്ക് കൊടുത്തി അതിലുള്ള പ്രകാശം ഗ്ലാസ്സിലേക്ക് തട്ടും ഗ്ലാസ് അതിൻ്റെ ഉള്ളിലുള്ള ഗ്ലാസ്സിൽ പ്രകാശിക്കും അതിൽ കരി പിടിച്ചു ആ പ്രകാശത്തിനും എന്തേലും അങ്ങനെയാണ് പക്ഷെ അപ്പോഴും അതിന്റെ ഉള്ളിൽ കത്തുന്ന പ്രകാശത്തിന് യാതൊരു കരിയും പിടിക്കുന്നില്ല ഉള്ളിൽ കത്തുന്ന പ്രകാശം സാക്ഷിയെപ്പോലെ കാണുകയാണ് എന്നാൽ ഗ്ലാസിൽ തട്ടിയിരിക്കുന്ന പ്രകാശത്തിൽ കരി തട്ടിയതുകൊണ്ട് അതിന്റെ പ്രകാശത്തിന് മംഗലേറ്റു ഇതുപോലെ ഒരേ ചൈതന്യം കാല കാമ കർമ്മത്തിലേക്ക് ചേർന്നപ്പോ അതിന് മംഗലേറ്റു പറയാണ് ഈ മംഗലിനെയാണ് മായ എന്ന് പറയുന്നത് എന്നാൽ ഉള്ളിൽ ആരുണ്ട് അങ്ങനെയേൽക്കാത്തൊരു ചൈതന്യം പരമാത്മാവായി ഉണ്ട് എന്ന് പറയുകയാണ് അങ്ങനെയാണ് നമ്മുടെ ഭാരതത്തിൽ പരമാത്മാവിന്നും ജീവാത്മാവിന്നും രണ്ട് സങ്കല്പങ്ങൾ വന്നത് പരമാത്മാവ് സാക്ഷിരൂപത്തിലും ജീവാത്മാവ് കാല കാമ കർമ്മത്തിന് അടിമപ്പെട്ടു ഈ അടിമപ്പെടലിനെയാണ് മായ പിടിച്ചു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അടിമപ്പെട്ടത് കാരണം കാല കാമകർമ്മങ്ങളെല്ലാം മനസ്സിനെ ആകർഷിക്കുന്നത് പുറം ലോകത്തിലേക്കാണ് മനസ്സിനെ ബന്ധിച്ചത് പുറമേയുള്ള വസ്തുക്കളിലേക്കും വ്യക്തികളിലേക്കുമാണ് ഇതൊക്കെ നമുക്ക് സാധിച്ചത് ഉള്ളിലൊരു ചൈതന്യമുള്ളതുകൊണ്ടാണ് ചൈതന്യമില്ലായിരുന്നുവെങ്കിൽ ഒരാളിലേക്കും ആകർഷിക്കാൻ നമുക്ക് സാധ്യത ഇതൊക്കെ സാക്ഷിയായിട്ട് ഭഗവാൻ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ വിഷമവുമുണ്ട് എന്താ വിഷമം പുറമേ ഉള്ളവരിലേക്ക് ആകർഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പറയുന്നുണ്ട് ഇവരൊന്നും എന്റെ കൂടെ എല്ലാ സമയത്തും ഉണ്ടാവില്ല നമുക്ക് വിഷമമുണ്ട് കാര്യമുണ്ട് പക്ഷെ എന്നിട്ടും നമുക്ക് അതിൽ ആരിലേക്ക് വരാൻ പറ്റുന്നില്ല ആ പരമാത്മാവിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ സാധിക്കുന്നു ഭോഗം സാധിക്കുന്നുണ്ട് യോഗം എളുപ്പത്തിൽ സാധിക്കുന്നില്ല മനസ്സിലാവുന്നുണ്ടല്ലോ ഇത്രയും കാലം നമ്മൾ ഏത് കുട്ടിക്കും ഭോഗം സാധിക്കും പുറമേക്ക് ആകർഷിക്കാൻ നമുക്ക് സാധിക്കും പുറമേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും കണ്ണടച്ചുകൊണ്ട് ഉള്ളിലുള്ള പരമാത്മാവിലേക്ക് മനസ്സിനെ എത്തിക്കാൻ ഒരാൾക്കും സാധ്യത കുട്ടിയുടെ മുന്നിൽ നിങ്ങൾ ഐസ്ക്രീം കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരുടെ വേഗം ഐസ്ക്രീമിലേക്ക് ആകർഷിപ്പിക്കാം നേരെ മറിച്ച് അവരുടെ ഒരു ചിത്രം കാണിച്ചു ഭഗവത് ചിത്രം കാണിച്ചു കൊടുത്തിട്ട് കണ്ണടച്ച ഉള്ളിൽ പറഞ്ഞാൽ സാധ്യമാണോ യോഗം സാധ്യമല്ല ഭോഗം എളുപ്പം സാധിക്കുന്നവരെയാണ് ക്ലിയറാവുന്നുണ്ടല്ലോ ഇപ്രകാരം മനസ്സ് മനസ്സിലേക്ക് ഈശ്വര ചൈതന്യം ും കാമത്തിനും കർമ്മത്തിനും അടിമപ്പെട്ട ചൈതന്യത്തെ എന്ന് വിളിക്കണോ കാലത്തിനും കാമത്തിനും കർമ്മത്തിനും അടിമപ്പെട്ട ചൈതന്യത്തെ ജീവാത്മാവെന്നും അതിനെല്ലാം സാക്ഷിയേറ്റ് നിൽക്കുന്ന ചൈതന്യത്തെ പരമാത്മാവ് ഇപ്രകാരം മാറി തീർന്നു എന്നിട്ടോ പത്രാസോത്രിഗുണാത്മകോപിച്ച മഹാൻ സ്വയം നിഷ്പ ചക്രേസ്മതികൾപോദമഹൽസൗ സമ്പുഷ്ട ത്രികുണൈസ്തമോ ദിവകുലം വിഷോ തവൽ പ്രേരണ ന്റെ ആ സാന്നിധ്യം കൊണ്ട് ചൈതന്യം കാമത്തിനും കാലത്തിനും കർമ്മത്തിനും അടിമപ്പെട്ടപ്പോ മനസ്സിലെ സത്വഗുണം ആ മനസ്സിൽ മൂന്ന് ഗുണങ്ങളുണ്ട് സത്വഗുണം തമോ ഗുണം രജോ അതിൽ സത്വഗുണത്തിൽ നിന്നും ഉണ്ടായതാണത്രേ ഞാനെന്ന് അഹംഭാവം ഞാനെന്ന് അഹംബോധം ഇവിടെ ഞാനെന്ന് പറയുമ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ആ ചൈതന്യത്തെയല്ല ഞാനെന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് മനസ്സിനെയുമല്ല നമ്മൾ ഞാനെന്ന് പറയുമ്പോൾ കാണുന്നത് ശരീരത്തെയാണ് നമുക്ക് ഞാനെന്ന് പറയണമെങ്കിൽ ചൈതന്യം വേണം മനസ്സ് വേണം എന്നിട്ടേ നമ്മൾ ഞാനെന്ന് പറയാൻ ഏതിനെ കണക്കിലെടുക്കാവൂ ശരീരത്തെ കാരണം അവര് രണ്ടുണ്ടെങ്കിലേ ശരീരവുമായി നമുക്ക് ബന്ധമുള്ളൂ അല്ലേ അവരാണ് നമ്മളെ ശരീരവുമായിട്ട് ബന്ധിപ്പിക്കുന്നത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ആ ചൈതന്യത്തെയും മറന്നു ഈ മനസ്സിനെ ചൈതന്യവും ശരീരവും ബന്ധിപ്പിക്കുന്ന ആരെയും മറന്നുപോയി മനസ്സിനെയും കണക്കിലെടുക്കാതെ നമ്മൾ കൂടുതൽ പ്രാധാന്യം ആർക്ക് ഏൽപ്പിച്ചു കൽപ്പിച്ചു അങ്ങനെ ഞാനെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആര് തന്നെയാണ് ശരീരം തന്നെയാണ് മനസ്സിലാവുന്നുണ്ടല്ലോ ശരീരമെന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾക്ക് ശരീരമെന്ന് പറയണമെങ്കിൽ ജ്ഞാനെന്ന് പറയണമെങ്കിൽ ബോധമുള്ളൊരു മനസ്സ് വേണം അല്ലേ ഉള്ളിലൊരു ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യം വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഞാൻ എന്ന് പറയാം പക്ഷെ നമ്മൾ സൂക്ഷ്മതയെ വിട്ട് ഏതിനെ മാത്രം എടുത്തു സ്ഥൂലതയെ മാത്രം പിടിച്ചു ഇപ്രകാരം ഞാനെന്ന ബോധം അത് അതിനെ എന്ത് പറയുന്നു പറയാണ് മഹാൻ മഹാനെന്ന് വിളിക്കുന്നത് പറയാണ് വീണ്ടും പറയുന്നു സോഹം ത്രിഗുണക്രമാസാധ്യവൈകാരികോ ഭൂയത്തൈജസാമസാവിധി ഭേന ഫേവാദ്രിമാനിരനോകൃത ദശാവാദർക്കാശ്യാശിണോ വത്നീന്ദ്രാച്യുതമിത്രകാൻ വിദുവിധി ശ്രീരുദ്രചാരീരികാൻ അങ്ങനെ ആ ത്രിഗുണങ്ങൾക്കനുസരിച്ച് എന്തുണ്ടായി അഹങ്കാരം വൈകാരികം തൈജസം താമസം വൈകാരികം തൈജസം താമസം താമസം എന്ന് പറഞ്ഞാൽ ഉറക്കം പൂർണ്ണമായ ഉറക്കം ഉറങ്ങുന്ന സമയം വൈകാരികം എന്ന് പറഞ്ഞാൽ സ്വപ്നാവസ്ഥ തൈജസം എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്ന അവസ്ഥ ഉണർന്നിരിക്കുന്ന അവസ്ഥ സ്വപ്നാവസ്ഥ സുഷുപ്ത്യവസ്ഥ ഇങ്ങനെ മൂന്നെണ്ണം നമുക്കുണ്ടായി ഇങ്ങനെയാണ് മാറ്റമുണ്ടായത് പിന്നീട് നമുക്കെന്തുണ്ടായി അതിന്റെ സത്വഗുണം കൊണ്ട് എന്തൊക്കെ ഉണ്ടായി ദേവാൻ ഇന്ദ്രിയമാണിനോ ഇന്ദ്രിയങ്ങൾ വികസിച്ചു ഏതെല്ലാം ഇന്ദ്രിയങ്ങള് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണത് കേൾക്കുക എന്നുള്ളത് കാണുക എന്നുള്ളത് സ്പർശിച്ചറിയുക എന്നുള്ളത് അതുപോലെ വാസനേശ്വറി എന്നുള്ള ഇന്ദ്രിയങ്ങള് വികസിച്ചു അതിന്റെ ദേവന്മാരും ഒന്ന് ആരൊക്കെയാണ് പ്രിയാണ് ആരൊക്കെയാണ് വന്നിരിക്കുന്നത് അതിന്റെ ദേവന്മാരായിട്ട് ദിക്ക് വായു സൂര്യൻ വരുണൻ അശ്വനി ദേവത ദിക്കാണ് ഏത് ദേവത കേൾവിയുടെ ദേവത വായു സ്പർശത്തിന്റെ ദേവത സൂര്യൻ കണ്ണിന്റെ ദേവത വരുണൻ ശബ്ദത്തിന്റെ ദേവത രുചിയുടെ ദേവത അശ്വിനി ദേവകള് വാസനയുടെ ദേവതകൾ ഇപ്രകാരം വീണ്ടും അഞ്ച് കർമ്മ ഇന്ദ്രിയങ്ങൾ രജൂ നിന്ന് വികസിച്ചു അവരൊക്കെയാണ് ഏത് കൈകള് കാലുകൾ ശബ്ദം മലമൂത്ര വിസർജനേന്ദ്രികൾ അവർക്കും ദേവതകൾ വന്നു അതാരൊക്കെയാണ് അഗ്നി ഇന്ദ്രൻ വിഷ്ണു മിത്രൻ പ്രജാപതി പിന്നീട് നമുക്ക് നാല് എന്താണ് അന്തക്കരണം വന്നു മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം അതിലും ദേവതകൾ വന്നു ചന്ദ്രൻ ബ്രഹ്മാവ് രുദ്രൻ ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഇങ്ങനെ ചൈതന്യം ഈ ശരീരത്തിലേക്ക് വ്യാപിച്ച് നാം വിവിധ തരത്തിലുള്ള അനുഭവങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി ഇതെല്ലാം നമുക്ക് സാധ്യമാക്കി തരുന്നത് ആരാണ് അത് മറക്കരുത് ശരീരത്തിലൂടെയാണ് നമ്മൾ അനുഭവങ്ങൾ അനുഭവിക്കുന്നതെങ്കിലും ഇത് നമുക്ക് സാധ്യമാക്കി തീർക്കുന്നത് ചൈതന്യവും പിന്നീടൊരു മനസ്സുമാണ് മനസ്സില്ലെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഇല്ലേ ഉണ്ടോ നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നു എങ്കിലും കാണുന്നു എന്നുള്ള എക്സ്പീരിയൻസ് വരുന്നത് മനസ്സിലാണ് രുചിയുണ്ടെങ്കിലും ഉറങ്ങിക്കിടക്കുന്ന ഒരാളുടെ നാവിൽ ചോക്ലേറ്റ് ഇട്ടുകൊടുത്താൽ രുചിയുണ്ടോ ഇല്ലേ അയാൾക്ക് രുചി വരണമെങ്കിൽ മനസ്സ് വരണം അപ്പൊ മനസ്സെന്ന് പറയുന്ന എക്വിപ്മെന്റിന് ഇതെല്ലാം സാധ്യമാക്കി തീർത്തത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിലാണ് പക്ഷെ നമ്മൾ ആ ചൈതന്യത്തെ മുഴുവൻ നെഗ്ലക്ട് ചെയ്തു എന്ന് പറയുകയാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തു എക്സ്പീരിയൻസരെ നമ്മൾ വിട്ടു പറയുകയാണ് അനുഭവം തരുന്ന ആളെ നമ്മൾ കൈവിട്ടു അനുഭവങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തു വീണ്ടും പറയണോ ഭൂമന്മാന സമുദ്ധിമേള ചിട്ടാക്യവൃത്താൻ നിധം തരണം വിഭോ തവമാൽ തത്വം ജാതോ ചിന്തിയ താമസാംശാൽ പുന അന്മാത്രം നവസോ മരുൾ പുരപഥേ ശബ്ദോ ജനിത്തൽബല മനസ് ബുദ്ധി ചിത്തം അഹങ്കാരം ഇങ്ങനെ ഗുണങ്ങളിൽ നിന്നും സത്വ ഗുണത്തിൽ നിന്നും വികസിച്ച് അത് പിന്നീട് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളുമായി അതിലെല്ലാം ഓരോ ദേവതകൾ അഭിമാനിക്കുന്ന ദേവതകളൊക്കെ വന്ന് ഇപ്രകാരം അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഈ സൂക്ഷ്മമായ പ്രകൃതി ആരായി തീരാൻ തുടങ്ങി സ്ഥൂലമായൊരു രൂപമാവാൻ തുടങ്ങി